യുവാമവാപ്തോ കകുബാത്മതാം ചിരം നാരദമാഷി ശപിക്കുന്ന ഇതാണ് നിങ്ങൾ രണ്ടുപേരും കുറെ കാലം മരുതവൃക്ഷങ്ങളായി തീരട്ടെ എന്നിട്ടോ പിന്നീട് ഹരി നിരീക്ഷാത പദം സമാപ്നതം നിങ്ങൾക്ക് ഹരിയെ നിരീക്ഷിക്കാൻ പറ്റും ഗുരുവായൂരപ്പനെ കൃഷ്ണനെ കാണാൻ സാധിക്കും ഭഗവാന്റെ സ്പർശം കൊണ്ട് സ്വസ്ഥരായി തീരാൻ സാധിക്കും ഇതീരിതോ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവര് രണ്ടുപേരും ഭരുതവൃക്ഷങ്ങളായി തീർന്നു എന്നിട്ടോ അതന്ത്രമിന്ദ്രത്വയുഗം തഥാവിധം സമേയുഷാമന്തരമിനാത്തയാതർ ചിരായെന്നോ പരിപാടിതോ തരൂ ഭഗവാൻ ആ ഉരലും വലിച്ചുകൊണ്ട് മന്ദരഗാമിന തഥാവിധം ഇന്ദ്രത്രിയുഗം അവിടുന്ന് വലിച്ചുകൊണ്ട് ഭഗവാൻ അവരുടെ അടുത്തേക്കുന്നു അപ്പോഴോ സമീപിച്ച അവിടുന്ന് കാലമേറെ ചെന്ന ഒരു വൃക്ഷങ്ങളായിരുന്ന മന്ദരകാമിന തിരായിതോ ലൂകലരോധ നിർത്തതോ അതിന്റെ ഉള്ളിലൂടെ ഉലൂകലം വലിച്ചതും ആ രണ്ടു വൃക്ഷങ്ങളും പരിപാടിതോ തരൂ രണ്ടു വൃക്ഷങ്ങളും താഴോട്ട് വീണു എന്നിട്ടോ അപാദിശാഗിത്യം യഥാ ത്വ തടൈവദ്ദിരേയുഷ മഹാത്രിഷായുഗേന തക്ഷണ അപാദിഗോവിന്ദനവിത്തവൈ ആ രണ്ടു വൃക്ഷങ്ങളിൽ നിന്നും അപാരിതാ തദ്ഗർദലാൽ നിരീഷ അവിടെ നിന്ന് രണ്ടുപേര് പുറത്തേക്ക് പ്രകടമായി യക്ഷയ്യുകേന തക്ഷണാൽ തവേ ഒരു രണ്ടുപേരും ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി നളകോപുരനും മണിക്കും ഭഗവാൻ അന്തം എവിടെ നിന്നാണ് മരങ്ങൾ രണ്ടു മരങ്ങൾ മനുഷ്യനെ തീരുന്നത് പെട്ടെന്ന് ഭഗവാനെ സ്തുതിക്കണോ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ടോ ഇഹാന്യഭക്തോഭി സമീക്ഷിതക്രമാൻ സേവകോ മുനി ോ ഗനഭക്തിമുത്തമാ അന്യഭക്ത അഭി ഇവര് പണ്ട് അന്യഭക്തരായിരുന്നു ശിവന്റെ ഭക്തരായിരുന്നു എന്നൊരർത്ഥം അല്ലെങ്കിൽ ഭഗവാനെ അന്യനായി കണ്ട് ഭജിച്ചവരായിരുന്നു ഇവര് ഇപ്പോഴിതാ ഇവര് രണ്ടുപേരും മുനിപ്രസാദാൽ ഭവതംഗ്രി ആകത്തു മുനിയുടെ പ്രസാദം കൊണ്ട് ആരുടെ ആരുടെ നാരദമാഷയുടെ അനുഗ്രഹം കൊണ്ട് ഇപ്പോഴ രണ്ടുപേരും അങ്ങയുടെ ഭക്തന്മാരായി തീർന്നു രണ്ടുപേരും സ്വസ്ഥരായി അവരുടെ സ്ഥാനങ്ങളിലേക്ക് പോയി തതസ്ഥൂരാധരണാദരാരുണ പ്രകംബിസമ്പാദിനോപമണ്ഡനെതത്വ ജനനെക്ഷിതന്തേന ഭവൻ വിമോക്ഷത അങ്ങനെ ആ രണ്ട് വൃക്ഷങ്ങളും വീഴുന്ന ശബ്ദം കേട്ടപ്പോ നിന്ന് നന്ദാദികളെല്ലാം ഓടിവന്നു നന്ദേന വിരജ്ജിതത്വ മുഖദേക്ഷണ യശോദാദേവി നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താ ദേവി കാണിച്ചിരിക്കുന്ന കണ്ണനെങ്ങനെ കെട്ടിയില്ലേ എന്നെല്ലാം ചോദിച്ചപ്പോ ആ അമ്മ വേഗം ഓടിവന്നു ഉടനെ തന്നെ ഭഗവാനെ പാചബന്ധനത്തിൽ നിന്നും മുക്തനാക്കി ഇപ്രകാരം മഹീരുഹോർമധ്യഗതോപദാർഭകോ ഹരേ പ്രഭാവാദ പരിചതോ ീശ്വരപാഹിമം മഹീരുഹോ മധ്യകഥ വൃക്ഷങ്ങളുടെ മധ്യത്തിൽപ്പെട്ട ഉണ്ണിക്ക് ഹരേ പ്രഭാവാൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല ഇപ്രകാരം പറഞ്ഞ് ഭഗവാൻ ഗൃഹം കവിത ഭഗവാനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അങ്ങനെയുള്ള ഗുരുവായപ്പ രോഗത്തിൽ നിന്നും മുക്തമാക്കിയാലും ഇതാണ് ഭഗവാന്റെ ഉള്ളൂകല ബന്ധന ഈ ലീലയും നമുക്ക് ചിന്തിക്കാനുണ്ട് ഇവിടെ രണ്ടുപേർക്കാണ് മുക്തി കൊടുക്കുന്നത് ആർക്കൊക്കെ നളഗോപുരനും മണിഖീവനും നേരത്തെ പറഞ്ഞു നമുക്ക് ജ്ഞാനവും വിരക്തിയും ഭക്തിയും ഉണ്ടെങ്കിലേ മനസ്സിൽ ആരെ കെട്ടിടാൻ പറ്റൂ ഭഗവാനെ കെട്ടിടാൻ പറ്റൂ ഇങ്ങനെ ഭഗവാനെ ഉരൂകലത്തിൽ ബന്ധിച്ചപ്പോ ഭഗവാൻ മുന്നോട്ട് പോയപ്പോ രണ്ട് വൃക്ഷങ്ങൾ ആ വൃക്ഷങ്ങൾ രണ്ടും വീണ് അതിൽ നിന്ന് രണ്ടുപേര് പുറത്തുവന്നു അപ്പൊ നമ്മുടെ വ്യക്തിത്വത്തിൽ വീട് പോകേണ്ടുന്ന രണ്ട് വൃക്ഷങ്ങളാണ് ഞാനെന്നും എന്റേതെന്നുമുള്ള ഭാവം ഈ ഞാനെന്നും എന്റേതുമെന്നുമുള്ള ഭാവം അത് നാം വ്യക്തമായി മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കാം നമുക്ക് ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റാത്തത് നിങ്ങൾ ഞാനെന്ന് പറയുമ്പോൾ കുറേ സംസ്കാരമുള്ള ഒരു വ്യക്തിയായി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ചോദ്യം നിങ്ങളിൽ അവ്യക്തമാണ് നിങ്ങൾക്ക് കുറേ സംസ്കാരവും അറിവും കഴിവുമുണ്ട് ഈ സംസ്കാരത്തെയും അറിവിനെയും കഴിവിനെയും നിലനിർത്തുന്നതാരാണ് നിങ്ങളുടെ അറിവും കഴിവും സംസ്കാരങ്ങളും ആര് നിലനിർത്തുന്നു നിങ്ങളാണോ അതിനുള്ള ഉത്തരം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അതിനാണ് നമ്മൾ സത്സംഗങ്ങളിലേക്ക് പോകുന്നത് ഉറക്കത്തിൽ കിടക്കുന്ന ഒരാള് അയാളുടെ ഉള്ളിലേക്ക് ശ്വാസം കിടക്കുന്നു അയാളുടെ ഹൃദയം പ്രവർത്തിക്കുന്നു അയാളുടെ ഭക്ഷണം ദഹിക്കുന്നു ഉള്ളിൽ പല പ്രവർത്തനങ്ങളും നടക്കുന്നു ഇല്ലേ അയാളാണോ ചെയ്യുന്നത് അപ്പൊ നമ്മൾ പറയേണ്ട ഞാനാണ് ഈ വ്യക്തി എന്ന് പറയുന്ന ആളാണ് ഈ ശരീരത്തിന്റെ ഉടമ എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ആ വ്യക്തിയാണോ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് എന്റെ കഴിവുകൊണ്ട് ശ്വാസമകത്തെത്തിക്കാൻ പറ്റുമോ എന്റെ കഴിവുകൊണ്ട് എനിക്ക് എന്റെ ഹാർട്ടിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ എന്റെ കഴിവുകൊണ്ട് എനിക്കെന്റെ കിഡ്നി പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ ഇതൊക്കെ പ്രവർത്തിച്ചാലല്ലേ ഞാനെന്ന് പറയുന്ന ഈ വ്യക്തി നിലനിൽക്കുള്ളൂ അപ്പൊ ആര് കാരണമാണിത് പ്രവർത്തിക്കുന്നത് അപ്പൊ നമുക്ക് അംഗീകരിക്കേണ്ടിയിരിക്കുന്നു ഇതിൽ ഒരു ഈശ്വര ചൈതന്യം നിറഞ്ഞിരിക്കുന്നു ആ ഒരു ശക്തിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇതിന്റെയൊക്കെ പ്രവർത്തനത്തിലൂടെയാണ് ഞാനെന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടാവുന്നത് അപ്പൊ എന്റെ ബലം എന്ന് പറയുന്നത് എന്റെ ശക്തി എന്ന് പറയുന്നത് എന്റെ ഉറവിടെന്ന് പറയുന്നത് ഒരു നമ്മൾ എത്തിച്ചേരും എവിടെ ഒരു ഈശ്വര ചൈതന്യത്തിലേക്ക് അപ്പോഴാണ് നമ്മളിൽ വിനയം വരുന്നത് അപ്പോഴാണ് നമ്മൾ ദാസനാവുന്നത് അതുവരെ നമ്മളിൽ ഞാനെന്ന അഹന്ത പൊങ്ങി നിൽക്കും ഒരിക്കൽ ഞാനാരാണെന്ന് മനസ്സിലായാൽ എന്റേതും ആരുടേത് ഇതൊന്നും എന്റെയല്ല ഇതെല്ലാം ഈശ്വരന്റെ എന്ന ബോധം വരും അപ്പൊ നമുക്ക് ഈശ്വരനിൽ സമർപ്പണം സാധിക്കും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു മനസ്സുകൊണ്ട് ബുദ്ധി കൊണ്ട് ദാസനാണെന്നും മനസ്സുകൊണ്ട് എല്ലാം ഈശ്വരന്റെയാണെന്നുമുള്ള ബോധത്തിൽ ജീവിക്കലാണ് വൃക്ഷത്തിൽ നിന്നും പുനർത്തെഴുന്നേൽക്കൽ അതിന് ഉരലുകൊണ്ട് കെട്ടിയ ഭഗവാൻ നമ്മളെ മുട്ടണം ഉരലുകൊണ്ട് കെട്ടിയ ഭഗവാൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥം നമ്മുടെ മനസ്സ് ഭഗവാനെ തന്നെ അന്വേഷിച്ചു പോയാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഞാനെന്നും എന്റേതെന്നുമുള്ള ഭാവം വീണുപോയിട്ട് ആ രണ്ട് മരങ്ങൾ വീണിട്ട് അതിൽ നിന്നും തേജസ്സാർന്ന രണ്ടാളുകൾ പുറത്തു വരും പിന്നെ നമുക്ക് ഞാനെന്ന് പറഞ്ഞാൽ ആരായിരിക്കും നമ്മൾ ഉടനെ നമുക്ക് മനസ്സിലാവും ഭഗവാന്റെ ദാസനാണെന്ന് എന്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എല്ലാം ഭഗവാന്റെയാണ് ഈ ബുദ്ധി നമുക്ക് വരുത്താനാണ് ഉലൂകല ലീല എന്ന് പറയുന്ന ഒരു ലീല ഭഗവാൻ ആടിയിട്ടുണ്ടാവുക എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഭഗവാനിൽ നിന്നും അകന്നു ഇപ്പൊ ഭഗവാനോട് അടുത്തു ഈ രീതിയിൽ നമുക്ക് ഈ കഥയെ കാണാൻ സാധിക്കട്ടെ അടുത്തത് ഇനി ഇവിടെ നിന്നും ഇപ്പൊ കഥകളൊക്കെ നടക്കുന്നത് ഗോകുലത്തിലാണ് ഇനി ഗോകുലത്തിൽ നിന്നും അവര് വൃന്ദാവനത്തിലേക്ക് പോകുന്ന കഥയാണ് ൊൻപതാം ദശകത്തിൽ പറയുന്നത് അഹേകമുൽപാദകണം വിശങ്കോ ഭവൽ പ്രഭാവാ വിദുര ഭഗവാന്റെ പ്രഭാവം അറിയാത്ത ആ ഗോപന്മാര് അവിടുന്ന് തരുപ്രഭാവാധികമുൽപാദകണം വിശങ്ക ഇവിടെ ശകടാസുരൻ വന്നു തൃണാവർത്തൻ വന്നു ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടായി ഇനിയും ഈ ഗോകുലത്തിൽ നമ്മൾ താമസിക്കേണ്ടതില്ല കാരണം ഇതൊരു എന്തോ ഒരു അനർത്ഥങ്ങളുടെ സ്ഥലമായിട്ട് അവർക്ക് തോന്നി ദുർനിമിത്തങ്ങൾ ധാരാളം കാണുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ അന്യത്ര പ്രയാതും ഇവിടെ മറ്റൊരു ദിക്കിലേക്ക് പോകണം എന്നവര് ഗോപന്മാരെ നിശ്ചയിച്ചു എവിടെയാണിത് തത്രോപനന്ദാവിത ഗോപവര്യോ ജഗൽഭവൽ പ്രേരണ യൈവനോണം ഇത പ്രതീജ വിപിന് നന്ദന്മാരുടെ ഇടയിൽ ഉപനന്ദനൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു ഭവൽപ്രേരണയ ഭഗവാന്റെ പ്രേരണ കൊണ്ട് തന്നെയാണ് അയാൾ പറയുകയാണ് ഇവിടെ പടിഞ്ഞാറ് ഭാഗത്ത് ഇത പ്രതീക്ഷ നാമ വൃന്ദാവനം എന്ന് പറയുന്നൊരു മനോജ്ഞം വിപിന് അതിസുന്ദരമായൊരു കാട്ടുപ്രദേശമുണ്ട് നമുക്കവിടേക്ക് പോയി നമ്മുടെ ജീവിതം അവിടെത്തുടങ്ങാം എന്ന് പറഞ്ഞ് വൃന്ദാവനത്തെ എല്ലാവരും കൂടി സ്വീകരിച്ചു എന്നിട്ടോ വൃന്ദാവനം തൽ ഗലു നന്ദദ്വനം തൽ ഗലു നന്ദ വിതായ ഗൗഷ്ടീന മതക്ഷണേനിതീ നിമിഷ ഗരിഷ്ഠയാണാനുഗതാ വിജേലു എല്ലാവരും ആ അഭിപ്രായത്തെ സ്വീകരിച്ചു നന്ദമുഖ്യ ക്ഷണേനകലോ ബൃഹദ്വനം ഗൗഷ്ടിയം വിധായ അവരെല്ലാവരും കൂടി ചേർന്ന് ആ ഗോകുലത്തെ പഴയൊരു പശുക്കളെ വളർത്തിയ സ്ഥലമായി നിശ്ചയിച്ചുകൊണ്ട് അവിടെ നിന്നും അവർ സ്ഥലം വിടയാണ് ഭഗവാൻ എന്ത് ചെയ്തു അമ്മയും അതുപോലെ രോഹിണി ദേവിയും ഇരിക്കുന്ന ആ രഥത്തിൽ തന്നെ അല്ലെങ്കിൽ കാളവണ്ടിയിൽ തന്നെ ഭഗവാനും ബലരാമസ്വാമിയും അതിൽ കയറിക്കൊണ്ട് അവർ യാത്രയാണ് അനോമനോജ്ഞരി പശുക്കളുടെ ശബ്ദം കിളികളുടെ ശബ്ദം അതുപോലെ വണ്ടിയുടെ കടക്കടക്കിടക്കട ശബ്ദം അനോമനോജ്ഞനിതേനുപാളി ഗുര ആ പശുവിന്റെ കാലടിയിൽ നിന്നും വരുന്ന പൊടി ഇതെല്ലാം കൊണ്ടും അതുപോലെ തന്നെ ഭഗവാൻ ഓരോ തമാശകൾ പറഞ്ഞ് തന്റെ ഓടക്കുഴ എടുത്ത് വിളിച്ചുകൊണ്ടൊക്കെ ഭഗവാന്റെ ഭവൽ വിനോദാന പിതാക്ഷരാണി ഭഗവാന്റെ ആ മനോഹരമായ കുഞ്ചിക്കൊഴിലുകളൊക്കെ കൊണ്ട് മാർഗദൈർഘ്യം അവര് പോയ വഴിയുടെ ദൈർഘ്യം ദൂരം അറിഞ്ഞില്ല തമാശകളൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ സമയം പോകുന്ന അറിയില്ലല്ലോ അങ്ങനെ അവർ അവിടെ എത്തിച്ചേർന്നു എതിരോ നിരീക്ഷ വൃന്ദ അവനമേജ നന്ദൽ പ്രസൂനകുന്ത പ്രമുഖ്രമോദദാശാദ്ശോപം നന്ദൽ പ്രസൂനകുന്ത പ്രമുഖ ദ്മോഹം അതിസുന്ദരമായ പ്രദേശം അതിസുന്ദരം എന്ന് പറഞ്ഞാൽ പ്രകൃതി വളരെയധികം അനുഗ്രഹിച്ച സ്ഥലമാണ് ഇവിടെ വൃന്ദാവൻ എവിടെ നോക്കിയാലും ചെടികളും അതെല്ലാം കൂത്തുലഞ്ഞ് നിൽക്കുന്നു കാട്ടുപ്രദേശം ഹരിന്മണിക്കുട്ടിമ പുഷ്ടശോഭം അതിന്റെ കാന്തി കണ്ടിട്ട് ഭഗവാൻ വളരെയധികം സന്തോഷമായി നവാഗനിർവ്യൂടനിവാസഭേദേഷശേഷോവേഷു സുഖാസിശോരപാണി വിമശ്രിതപര്യക ലോകദാസ്തും ഗോപന്മാരെല്ലാവരും കൂടി ചേർന്ന് നവാഗ നരവിയുടെ നിവാസഭേദീഷു ഓരോരുത്തർക്കും താമസിക്കാനുള്ള വീടുകളൊക്കെ ഉണ്ടാക്കി തീർത്തു അതൊക്കെ ചെയ്തതിനു അങ്ങനെ സുഖമായിട്ട് സുഖാസിതീഷു വസിക്കുന്ന സമയത്ത് കഥാചൽ ഒരിക്കൽ ഭഗവാൻ വിമശ്രിത പര്യക ഒരു ദിവസം ഗോപന്മാരോട് നമുക്ക് റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് വൃന്ദാവനമൊക്കെ കറങ്ങിട്ട് വരാം എന്ന് പറഞ്ഞ് ഭഗവാൻ വൃന്ദാവനം കാണാൻ വേണ്ടി പുറപ്പെടുകയാണ് എന്നിട്ടോ അരാള മാർഗത നിർമ്മലാപം നിർമ്മലാപം നിരന്തര സ്മേര സരോജക്താം സമലോകയസ്തം അരാള നിർമ്മലാപം തിരിഞ്ഞും വളഞ്ഞും ഒഴുകുന്ന അതിസുന്ദരയായിരിക്കുന്ന കാളിന്ദി നദിയെ കണ്ട് ഭഗവാൻ വളരെയധികം സന്തോഷിച്ചു ഇന്നും വൃന്ദാവനത്തിൽ നിങ്ങൾ പോയാൽ കാണുന്ന ഭഗവാന്റെ കാലഘട്ടത്തിലുണ്ടായി എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉണ്ടായിരുന്ന കാളിന്തീ നദിയാണ് യമുനാ നദി എന്ന് പറയുന്ന നദി അങ്ങനെ ആ കാളിന്തി നദിയെ ഭഗവാൻ നല്ല വണ്ണം ഒന്ന് സമലോക കണ്ടു എന്ന് പറയാനും അവിടെയോ മയൂരകേകാശതലോപനീയം മയൂഖമാലാശബളം മണീന വിരിഞ്ചലോകസ്തൃമുച്ച ശൃങ്കിരിഞ്ച ഗോവർദ്ധനമൈ ചദാത്വം അതിനുശേഷം അവർ നടന്ന് നടന്ന് നടന്ന് കയറി മുന്നോട്ട് പോയപ്പോ മയൂരങ്ങളുടെ ശബ്ദം മയിലുകൾ കൂകുന്ന ശബ്ദം വളരെയധികം തേജസ്സാർന്നോട് പൊങ്ങി നിൽക്കുന്നു മറ്റൊരാള് ഉച്ച ശൃംഖ ഉയർന്നു നിൽക്കുന്ന ഗോവർദ്ധനഗിരി ആ ഗോവർദ്ധനഗിരിയെ ഭഗവാനും ഗോപന്മാരും കണ്ടുപോയാണ് ഇന്നും വൃന്ദാവനത്തിൽ ഭഗവാന്റെ കാലഘട്ടത്തിൽ ഉണ്ടായി എന്ന് പറയുന്ന രണ്ട് സാധനം ഒന്ന് യമുനാനദിയും മറ്റൊന്ന് ഗോവർദ്ധനഗിരിയും വേറെ നമുക്ക് തെളിവായിട്ട് പറയാൻ പറ്റില്ല ഇത് രണ്ടും ഇന്നുമുണ്ട് എന്ന് പറയാന് ഗോവർദ്ധനഗിരി എന്ന് പറയുമ്പോൾ പണ്ടത് പർവ്വതമായിരുന്നു ഇന്നത് പരന്നുകിടക്കുന്ന സ്ഥലമാണെന്ന് മാത്രം പക്ഷേ ഇന്നും ആളുകൾ ആ സ്ഥലത്തെ ഗോവർദ്ധനഗിരിയുടെ സ്ഥാനമായി കൽപ്പിച്ച് ഗോവർദ്ധനഗിരി പ്രദക്ഷിണം ചെയ്യും എന്നും അവിടെ നടക്കുന്നൊരു കാര്യമാണ് ഗോവർദ്ധനഗിരി പ്രദക്ഷിണം നിങ്ങൾക്ക് ആശ്ചര്യം തോന്നും സാധാരണ രീതിയിൽ നമ്മുടെ സ്ത്രീകളൊന്നും നീണ്ട് നിവർന്ന് എന്താണ് ദണ്ഡ നമസ്കാരം ചെയ്യാറില്ല അത് സ്ത്രീകൾക്ക് അനുവദിച്ചില്ല എന്നാണ് വയ്പ്പ് പക്ഷെ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാം ഗോവർദ്ധനഗിരിയെ സ്ത്രീകള് നീ എന്താണ് നിലത്ത് കടന്നുകൊണ്ട് പ്രദക്ഷിണം വെക്കുന്നത് അതും മറ്റൊരു രീതിയിൽ കാണാം പാല് ആളുകൾ പ്രദക്ഷിണം വെക്കുന്നത് പത്തും ലിറ്റർ പാല് വണ്ടിയിൽ വച്ച് അതിങ്ങനെ ചെറിയൊരു സുഷിരം വയ്ക്കിയതിന് അതിങ്ങനെ ഒഴിക്കും അതായത് ഭഗവാൻ പണ്ട് ഗോവർദ്ധന അഭിഷേകം ചെയ്തു എന്നുള്ളതല്ലോ അതിനെ പ്രതീകമായിട്ട് ഇന്നും അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വലിയൊരു അനുഭൂതി തന്നെയാണ് ആ ഗോവർദ്ധനത്തെ പ്രദക്ഷിണമെക്കുക എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും വൃന്ദാവനത്തിൽ പോയാൽ രാത്രികളിൽ ഞങ്ങൾ പോകും ഗോവർദ്ധന വരച്ച് വളരെ ഒരു രസകരമായ ഒരു അനുഭൂതിയാണ് അത് പ്രത്യേകിച്ച് ഈ എന്താണ് സെപ്റ്റംബർ മാസങ്ങളൊക്കെ ഉണ്ടല്ലോ അധികം പല ദൂരത്തു ഒക്കെ വന്നിട്ട് നിങ്ങൾക്ക് കാണാം രാത്രിയിലൊക്കെ പാതിരാരാത്രിയിൽ പോലും ആളുകൾ ഇങ്ങനെ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണന്റെ നാമം ജപിച്ചു രാധേ രാധേ രാധേ രാധ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഗോവർദ്ധനഗിരി പ്രദക്ഷണം ഭഗവാൻ ആ ഗോവർദ്ധനത്തെയും കണ്ടു അതുപോലെ ആദ്യം കാണിന്തിയും കണ്ടു സമന്തോ ഗോപകുമാരകൈസ്തം സമന്തോ എത്ര വനന്തമാക തതസ്താം കൊടിലാമപ്രാഗവതീമ അങ്ങനെ ഭഗവാൻ ഗോപന്മാരത്ത് വനത്തിൽ എത്തിച്ചേർന്ന സമയത്ത് അവിടെയെല്ലാം ഭഗവാൻ തതസ്താം കുടിലമാപ്യ തന്നെ ഉറ്റുനോക്കുന്ന കാളിന്ദി നദിയെ കണ്ടുവെന്നാണ് അങ്ങനെ ഭഗവാൻ കാളിന്ദി നദിയെ തന്റെ ഒരു കാളിന്ദിയെ തന്റെ പത്നിയായി അവിടെ വച്ച് ആ ഒരു അനുരാഗത്തിലേക്ക് കടന്നുവെന്നാണ് തഥാവിധിൻ സമുസോത്സഗണേരാമോ കുമാരം സമീരഗേ ഹാദിമിരോഗ ഇങ്ങനെ യമുനാഗോവർദ്ധനാദികളുടെ സാന്നിധ്യത്തിൽ ധാരാളം പുല്ലുകൾ നിറഞ്ഞിരിക്കുന്ന പശുക്കൾക്ക് ഹിതമായിരിക്കുന്ന ആ വൃന്ദാവനത്തിൽ ആ പശുക്കുട്ടികളെ മേക്കുന്നതിൽ ഔക്ഷിക്കം കാണിക്കുന്ന ചരൻസരാമോ ബലരാമനോട് കൂടിയിട്ട് കുമാരന്മാരുടെ കൂടെ ചരിക്കുന്ന ഏ ഗുരുവായൂരപ്പ അങ്ങന്റെ രോഗങ്ങളിൽ നിന്നും മുക്തമാക്കേനമേ എന്ന് പറയാൻ ഇങ്ങനെ ഭഗവാൻ വൃന്ദാവനത്തിലെത്തി വൃന്ദാവന കാഴ്ചകൾ കണ്ട് കാളിന്തിയെയും ഗോവർദ്ധനത്തെയും കണ്ട് ആസ്വദിച്ച കഥയാണ് ഇവിടെ വൃന്ദാവന യാത്രയിലൂടെ പറയുന്നത് ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കാണ്ട് നമ്മൾ ഭഗവാന്റെ ജീവിതമെടുത്തു നോക്കിയാൽ നാല് സ്ഥലങ്ങളിലൂടെയാണ് ഭഗവാൻ കടന്നു പോകുന്നത് ഒന്ന് മധുരയിലാണ് അവതരിക്കുന്നത് വളരുന്നത് കുറച്ചുകാലം ഗോകുലത്തിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വന്നു അത് വീണ്ടും ഭഗവാൻ മധുരയിൽ തിരിച്ചുപോയെങ്കിലും താമസിക്കുന്നത് ദ്വാരകയിലേക്ക് പോകണം ഇങ്ങനെ നാല് സ്ഥലങ്ങളിൽ ഭഗവാൻ താമസിക്കുന്നുണ്ട് ആദ്യമായി ലോകത്തിൽ ട്രാൻസ്ഫർ കിട്ടിയ ദൈവമാണ് ബാങ്ക് ജോലി ചെയ്തവർക്കാണുള്ള കൂടെ ട്രാൻസ്ഫർ കിട്ടിയ ട്രാൻസ്ഫർ മേടിച്ച ഭഗവാനാണ് ഒരു വാരത്ത് അദ്ദേഹം മധുരയിൽ നിന്നും ഗോകുലത്തിലേക്ക് ട്രാൻസ്ഫർ മേടിച്ചു ഗോകുലത്തിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് വൃന്ദാവനത്തിൽ നിന്ന് മധുര വഴി ദ്വാരകയിലെത്തി പിന്നെ ദ്വാരകയിൽ ദ്വാരകയും വിട്ടു അവസാനം അവിടെ നിന്ന് ഭഗവാൻ പ്രയാ പ്രഭാസ തീരത്ത് വന്നിട്ടാണ് ശരീര ഉപേക്ഷിക്കുന്നത് ഇതുപോലെ നമ്മുടെ വ്യക്തിത്വത്തിലും നാല് തലങ്ങളുണ്ട് എന്ന് പറയണം ഭഗവാൻ അവതരിക്കുന്നത് ഈ ശരീരത്തിലായതുകൊണ്ട് ഈ ശരീരം മധുരയാണ് മധുര എന്ന് പറഞ്ഞാൽ മാധുര്യമുള്ള ഭഗവാന് അവതരിക്കാൻ ഇടം കൊടുത്ത സ്ഥലമാണ് മധുര സർവവ്യാപിയായിരിക്കുന്ന ഭഗവാൻ നമുക്കനുഭവിക്കണമെങ്കിൽ മനുഷ്യ ശരീരം വേണം അതുകൊണ്ട് ശരീരങ്ങളിൽ വെച്ച് സർവോത്കൃഷ്ട ശ്രേഷ്ഠമായ ശരീരമാണ് ഏത് എല്ലാ ശരീരത്തിലും ഈശ്വരൻ ഉണ്ടെങ്കിലും അനുഭവിക്കണമെങ്കിൽ ഏത് വേണം മനുഷ്യശരീരം അതുകൊണ്ട് മനുഷ്യ തന്നെയാണ് മധുര ഇനി അവിടെ നിന്ന് ഭഗവാൻ ഗോകുലത്തിലേക്ക് പോവാണ് ഗോകുലം എന്ന് പറഞ്ഞാൽ ഗോ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയെന്നാണ് ഇന്ദ്രിയ ഇന്ദ്രിയങ്ങളുടെ കുലം ഇന്ദ്രിയങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന കുലം എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ സാന്നിധ്യം കൊണ്ടാണ് ഇന്ദ്രിയാനുഭൂതി അനുഭവിക്കുന്നതെങ്കിലും കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലാണെങ്കിലും പക്ഷേ നമ്മൾ ആരെ മാത്രം അറിയുന്നില്ല ഇത് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ് കാരുണ്യം കൊണ്ടാണ് അനുഗ്രഹം കൊണ്ടാണ് അനുഭവിക്കുന്നത് നമ്മൾ അറിയുന്നില്ല മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ ഗോകുലത്തിലെത്തിയത് പറഞ്ഞാൽ ശരീരത്തിൽ നിന്നും ഭഗവാൻ ഇന്ദ്രിയ ലോകങ്ങളിൽ ഇന്ദ്രിയത്തിലെത്തി നമ്മുടെ അവസാദാണ് ഇനി അവിടെ നിന്നും വൃന്ദാവനത്തിലേക്ക് വരികയാണ് വൃന്ദാവനത്തിലാണെങ്കിലോ തലയിൽ നിൽക്കുന്ന ഗോവർദ്ധനവുമുണ്ട് കാളിന്തിയുമുണ്ട് കാളിന്തിയും ഗോവർദ്ധനവും കാളിന്തി നമ്മുടെ മനസ്സാണ് ഗോവർദ്ധനം നമ്മുടെ ബുദ്ധിയാണ് അവിടെയാണ് ഭഗവാന്റെ എല്ലാവിധ ലീലകളും പ്രേമത്തിന്റെ പരമ കാഷ്ഠ നടക്കുന്നത് വൃന്ദാവനത്തിലാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കൂട്ടരായിരുന്നു ആര് ഗോപിയമാര് ആ ഗോപിക പ്രേമത്തിന്റെ അങ്ങേയറ്റത്തെ അവസ്ഥ കാണുന്നത് എവിടെ വച്ചിട്ടാണ് അതായത് ബുദ്ധിയും മനസ്സും ഒരുമിച്ച് ചേരുമ്പോഴേ ആരുമായി രമിക്കാൻ പറ്റുള്ളൂ കൂടെ ഭഗവാനുണ്ടെന്നും ആ ഭഗവാനിൽ നാമസങ്കീർത്തനത്തിലൂടെ നമ്മൾ രമിക്കാൻ പഠിക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ ഭഗവാനുമായി നമുക്ക് ജനിക്കാൻ സാധിക്കുകയുള്ളൂ അതെവിടെ വെച്ച് നടക്കണം വൃന്ദാവനത്തിൽ വൃന്ദാവനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സും ബുദ്ധിയും ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് വൃന്ദാവനം അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഭഗവാൻ ഇന്ദ്രിയ ലോകത്തിൽ നിന്നും എവിടെ എത്താണ് മനസ്സിന്റെയും അവിടെ നിന്ന് പിന്നീട് ഭഗവാൻ ദ്വാരകയിലേക്ക് പോവുകയാണ് ദ്വാരക അതെവിടെയാണ് കടലിന് ചുറ്റും ഒരു ദ്വീപായിട്ട് നിൽക്കുന്നു ദ്വാരം സുഖത്തിലേക്കുള്ള ദ്വാരം അതായത് ഇനി ഭഗവാൻ പോകണം ദ്വാരകയിലേക്ക് പോകണം ഇനി എന്ത് വേണം നമ്മുടെ മനസ്സ് പൂർണ്ണമായി ആ ഭഗവാനിലേക്ക് അങ്ങോട്ട് നെയ്ക്കണം ദ്വാര ഭഗവാനാകുന്ന സ്ഥലത്തേക്ക് കടക്കണം അപ്പൊ അവിടെയാണ് കടൽ കടന്നു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നമ്മുടെ മനസ്സും ബുദ്ധിയും ഭഗവാനിലേക്ക് അങ്ങോട്ട് ചേരണം അവിടെയാണ് ഭഗവാൻ പൂർണ്ണമായി ഒരു വിവാഹം കഴിച്ച് ഗൃഹസ്ഥന്റെ ജീവിതവും മറ്റും നടത്തുന്നത് സുഖത്തിന്റെ ജീവിതം നടത്തുന്നത് സുഖം അതാണ് ഭഗവാന്റെ ആ ഒരു അവസ്ഥ അതായത് നാം ബുദ്ധിപൂർവം ഭഗവാൻ കൂടെയുണ്ടെന്ന് മനസ്സിലാക്കി ഭഗവാനിൽ രമിച്ചുകൊണ്ട് ലോകത്തിൽ ജീവിക്കാൻ പഠിക്കുമ്പോഴാണ് സുഖം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നിങ്ങളോട് കൂടെ ഭഗവാനുണ്ടെന്ന ബോധവും അത് ബുദ്ധിയിൽ ഉറപ്പിക്കണം സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സഹകരിക്കാനും സഹകരിക്കാനും ഉൾക്കൊള്ളാനും പഠിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ ഈ ജീവിതം നമുക്ക് സുഖകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാം ക്ഷമയും സഹകരണവുമാണ് എവിടെ വേണ്ടത് സമൂഹ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ നമുക്ക് വേണ്ട എന്നാൽ നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ട് എന്ത് കേൾക്കുമ്പോഴും ക്ഷമിക്കാൻ സാധിക്കണം എല്ലാറ്റിനെയും കൂടെ സഹകരിക്കാൻ പഠിക്കണം നിങ്ങൾക്കൊരിക്കലും ജീവിതത്തിൽ നിങ്ങൾ വേണ്ടാത്തൊരു വ്യക്തിത്വമാവില്ല എന്ന് പറയാം എല്ലാറ്റിനോട് ചേരാനും എല്ലാറ്റിലും സഹകരിക്കാനും ക്ഷമിക്കാനും സമർപ്പിക്കാനും ക്ഷമിക്കാനും സാധിക്കുന്ന ഒരാൾക്ക് ജീവിതം രസകരമാണ് അങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കാൻ തുടങ്ങാനായിരിക്കാം ഭഗവാൻ പിന്നീട് ദ്വാരകയിലേക്കും പോയത് അവസാനം ഇതെല്ലാം വിട്ടുകൊണ്ട് ഭഗവാൻ പ്രഭാസത്തിലേക്ക് പോകുന്നുണ്ട് അതായത് അവസാനം നമ്മുടെ മനസ്സും ബുദ്ധിയും ഈ ശരീരമാകുന്ന ഈ സ്ഥലം വിട്ടുപോകേണ്ട ഒരവസ്ഥയുണ്ട് അപ്പൊ നമ്മൾ ആരുടെ കൂടെ പോണം അവസാന യാത്ര ഭഗവാന്റെ കൂടെ തന്നെ പോയാൽ ശരീരം മണ്ണിലേക്ക് പോവും മനസ്സ് ഭഗവാനിലേക്ക് ചേരും അതാണ് ആത്യന്തികമായ ഗതി വിപരികൾ ഇതൊക്കെയാണ് ആധ്യാത്മികമായി കൈവരിക്കേണ്ടതെന്ന് കഥകളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായിരിക്കാം ഇത്തരത്തിലുള്ള കഥകൾ അതിനുശേഷം ഭഗവാൻ അടുത്ത ലീരയാടുന്നതാണ് അൻപതാമത്തെ ദശകം അവിടെയാണ് ഭഗവാൻ വത്സാസുരനെ വധിക്കുന്നതും ഭഗാസുരനെ വധിക്കുന്നതുമായിട്ടുള്ള കഥകൾ എന്താണത് തരളമതകൃന്ദേ വൃന്ദാവനീത മനോഹരേ പശുപജീവി സാഗം വത്സാനുബാലോലു ഹലതരസോദേവ ശ്രീമൻവിരേജി തദാരയം ഗബലമരളീവേത്രം കണ്ടുകൾക്ക് കാണാൻ അത്യന്തം കമനീയമായ രൂപത്തോടുകൂടി ഗുരുവായപ്പ അവിടുന്ന് അമ്മയോട് പറഞ്ഞു അച്ഛനോട് പറഞ്ഞു നമ്മൾ ഗോപന്മാരാണ് ഗോപന്മാരുടെ ജോലി പശുക്കളെ സംരക്ഷിക്കലാണ് എന്നെ കാട്ടിലേക്ക് പറഞ്ഞേക്കണമെന്ന് അങ്ങനെ ഭഗവാൻ ഗോപന്മാരുടെ കൂടെ കാട്ടിലേക്ക് പോവാൻ അനുവാദം കിട്ടി രാവിലെ ആവുമ്പോൾ അമ്മ കുളിപ്പിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഭഗവാൻ ചില മേക്കപ്പുകളൊക്കെ ഉണ്ട് അങ്ങനെയെങ്കിലും ഭഗവാൻ പോകില്ല മഞ്ഞപ്പട്ടുടിപ്പിക്കണം തലമുടിയാണെങ്കിൽ മുകളിലേക്ക് കെട്ടണം മഞ്ചാടിക്കുരുവുണ്ട് കൈകളിലെല്ലാം മഞ്ചാടിക്കുരുവിന്റെ തളകളും വളങ്ങളും ഇടണം അത് കഴിഞ്ഞിട്ട് ഭഗവാന് ഗോപിക്കുറി വേണം മുടിയിലൊരു മയിപ്പിലി വേണം ഇങ്ങനെയൊക്കെയുള്ളൊരു മേക്കപ്പ് കഴിഞ്ഞാലേ കണ്ണെഴുതണം അത് കഴിഞ്ഞ് ഒരു ഓടക്കൊള്ളും വേണം കൊമ്പും വേണം ഇതൊക്കെയായിട്ട് പിന്നെ പശുക്കളെ മേക്കാനുള്ളൊരു വടിയും ഇതൊക്കെയായിട്ട് ഭഗവാൻ ഫുൾ എന്ത് കഴിഞ്ഞു ഭഗവാന്റെ മേക്കപ്പ് കഴിഞ്ഞു അവിടുന്ന് രാവിലെ തന്നെ വേണുനാഥം മുഴുക്കിക്കൊണ്ട് ഭഗവാൻ ആ ഗോപന്മാരുടെ കൂടെ കാട്ടിലേക്ക് പോകുന്നത് ഗവളമുരളിവേത്രം ഏത്രാഭിരാമതീ ആ ഭഗവാൻ ഓടക്കൊള്ളലും ശൂരനും ഒക്കെ പോകുന്നത് കൊതികൊണ്ട് എല്ലാവരും നോക്കി നിന്നു വിഹിത ജഗതീരക്ഷം ലക്ഷ്മീകരാംബരാളിതം ഗതചരണഗന്ധം എന്താവനെ കിമിയോനവോ സമ്പൽ സമ്പൂരിതം തരുവല്ലരികം കമലാപദേ പാവനമായ വൃന്ദാവനം സകല ലോകങ്ങളെ രക്ഷിക്കുന്നതിൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് പ്രാപ്തമായി ലക്ഷ്മിദേവി അനുഗ്രഹിച്ചതുപോലെ ഭഗവാന്റെ ചരണത്വന്തം അവിടെ പതിഞ്ഞപ്പോ തന്നെ തരു വല്ലരി സലില ഗോത്ര പറയേണ്ട വൃക്ഷങ്ങളും വള്ളികളും അതുപോലെ ജലം ഭൂമി ഖനികളെല്ലാം മ്പൂരിതം എല്ലാം സമ്പൽ സമൃദ്ധി കൊണ്ട് കരകവിഞ്ഞു അത്രയും ഭഗവാന്റെ സാന്നിധ്യം ഐശ്വര്യമാക്കി തീർത്തു എന്നോ വിനസതുലവേകാന്താരാന് സമീരണശീതളേ വിപുലയമുനാതീരെ ഗോവർദ്ധനാദലമൂർദ്ധസൂ ലളിത മുരളീനാഥ സഞ്ചാരയെങ്കലുവാത്സഹം കൊജനദിവസേ ദൈത്യം ആ യമുനാനദി തീരത്ത് ഫുള്ള് നിറഞ്ഞിരിക്കുന്ന യമുനാനദി തീരത്ത് ഭഗവാൻ അതാ അങ്ങനെ പശുക്കുട്ടികളെയും കൊണ്ട് കറങ്ങുന്ന സമയത്ത് ഗോവർദ്ധനാമൂർദസു ലളിത മുരളീനാഥ വത്സകന്മാരെയും കൊണ്ട് ഗോപക്കുട്ടികളെയും പശുക്കുട്ടികളെയും കൊണ്ട് കറങ്ങുന്ന സമയത്ത് മുരളീനാഥവും ഒഴിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് കൊചന ദിവസേ ഒരു ദിവസം വത്സാഹതിയും ദൈത്യം വത്സരൂപത്തിൽ ഒരു ദൈത്യെ കണ്ടു അവനെ കണ്ടു എന്നാണ് എന്നിട്ടോ ില സത്പുച്ഛം വിച്ചായതോസ്യവിലോകയൻ കിമവി വനിത സ്കന്ധം ദന്ത പ്രതീക്ഷ മുദീക്ഷിതം തമലധരണി വിഭ്രൽ വിഭ്രാമയൻ മുഹൂർച്ചകേ കുജനമഹാവൃ വിധക്ഷതജീവിതം അങ്ങനെ ബാലളക്കൽ കണ്ടപ്പോ ഭഗവാൻ മനസ്സിലായി ശരിയല്ല രസ രസ രസവില സത്പുച്ഛം വിച്ചായത ഇടയ്ക്കൊരു തല വെട്ടിച്ചു നോക്കലൊക്കെ ഭഗവാൻ മനസ്സിലായി ഇവന് ഓർഡിനറി പശുവല്ലാന്ന് ഇവനെന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് എന്തോ ഒരു അസുഖം ബാധിച്ചവനെ പോലെ കുറച്ചു കഴിഞ്ഞ് ഭഗവാൻ മനസ്സിലായി ഇവനൊരു അസുരനാണെന്ന് ഉടനെ തന്നെ ഭഗവാൻ എന്ത് ചെയ്തു ചരണവിഭ്രൽമോ ഓടിച്ചെന്നവന്റെ കാലുകൾ പിടിച്ചുകൊണ്ട് ഉച്ചകേ വിഭ്രാമയൻ ഭഗവാൻ കറക്കിക്കൊണ്ട് അവനെ ക്ഷതജീവിതം കുഹലമാവൃക്ഷേ മഹാവൃക്ഷത്തിൽ ഒരൊറ്റ അടിവിച്ചുകൊടുത്തു അതോടുകൂടി അവൻ തീർന്നു അങ്ങനെ പശുരൂപത്തിൽ വന്ന ഒരു വത്സകാസുരനെ ഭഗവാൻ വധിക്കുകയാണ് നിബദതി മഹാദൈത്യേ ജാത്യാദുരാത്മനി ദക്ഷണം നിക്ഷുണ്ണക്ഷോണേരുഹൃദക്ഷതകാനേ ദവി പരിമിളൽ വൃന്ദ വൃന്ദാരകുമോൽക്കരേ ശിരസിൽ വർഷന്തി നാമദദാഹരേ ജാത്യാ മഹാദൈത്യേ ജാതികൊണ്ട് മഹാദുഷ്ടനായിരുന്ന അക്രൂരനായിരുന്ന മഹാ അസുരൻ വീണ തന്നെ വൃക്ഷങ്ങളെല്ലാം താഴേക്ക് വീണുവെന്നാണ് തല്ലിത്തകർന്ന് വീണുവെന്നാണ് അവൻ വീണ സമയത്ത് എന്തുണ്ടായി പറയണ വൃന്ദാരക ഹർഷാൽ കുസുമോൽക്കരി ഭഗവാനെ ആ സമയത്ത് ദേവന്മാര് പുഷ്പവൃഷ്ടികൊണ്ട് അഭിഷേകം ചെയ്യാൻ തുടങ്ങി മോളിൽ നിന്ന് വർഷന്തി അവര് പുഷ്പം വർഷിച്ചു എന്നാണ് സ്വരവിലമാർധരി ഊർധം കുതകുസുമാവരിതേദ്യുക്തേ ബാലേ സഹേലുതേരയാക്ഷേപണോർദ്ധം ഗതസ്തരമണ്ഡലാൽ ദേവന്മാര് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പൂക്കളാണ് വലിച്ചെറിയുന്നത് നല്ല സുഗന്ധമുള്ള പൂക്കളൊക്കെയാണ് വലിച്ചെറിയുന്നത് അപ്പൊ ഗോപന്മാര് ചോദിക്കാണ് സ്വരവിരതമാ കുസുമാവരി ഊർദ്ധം കഥ ഇത് എവിടുന്ന നല്ല സൗന്ദര്യമുള്ള സൗരഭ്യമുള്ള പൂക്കളൊക്കെ അങ്ങനെ മേലെ നിന്ന് അപ്പോൾ ഉടനെ ഭഗവാൻ പറഞ്ഞു ഇത് ചോദിച്ചപ്പോ അയം ധനക്ഷേപണെ ഞാൻ ആ അസുരനെ അടിച്ചില്ലേ വൃക്ഷത്തിന് ആ സമയത്ത് തരുണമണ്ഡലാൽ കഥ അതെല്ലാം വൃക്ഷത്തിൽ നിന്ന് വീണതാണെന്ന് എവിടുന്ന് വീണതല്ലാന്ന് പറഞ്ഞു ദേവന്മാരിട്ടതാണെന്ന് പറഞ്ഞു ഈ പൊട്ടന്മാർക്ക് വലുതറിയോ അതുകൊണ്ടതെല്ലാം വൃക്ഷങ്ങളിൽ നിന്ന് വീണതാണെന്ന് ഗോപന്മാരോട് പറഞ്ഞ് ഭഗവാൻ അവരെ ഇങ്ങനെ മോഹിപ്പിച്ചു പറയാണ് എന്നിട്ടോ കൊചന ദിവസേരേ പരുഷാദമേ തപനതനയാത പാദം ചരിതകരുതം പ്രേക്ഷാമാസുർഭകം കലുവിസ്മൃതം ചരിതരകരു കൈലാസശൈലമിവാപരം മറ്റൊരു സമയത്ത് നല്ല കുടും വേനൽ ആ വെയിലത്ത് കാളിന്തിയിൽ ജലം കുടിക്കാൻ വേണ്ടി അവർ പോയപ്പോ പരുഷതാപി തപതനയാപാത അവര് ദാഹമകറ്റാൻ വേണ്ടിയിട്ട് പാദം ഗത പോയ സമയത്ത് അതാ അവിടെ ഒരു പർവ്വതങ്ങളുടെ ചരകില്ലാത്തൊരു പർവ്വതം കിടക്കുന്നത് പോലെ കൈലാസശൈലമ കൈലാസ പർവ്വതം പോലെ ഭഗം പ്രേക്ഷയാ പ്രേക്ഷാമാസ ഒരു കൊറ്റിയെ കണ്ടു എന്നാണ് ഒരു പർവ്വതത്തിന്റെ വലിപ്പമുള്ള കൊച്ചി വലിയൊരു കൊറ്റി കടക്കുന്നു എന്നിട്ടോ അവൻ എന്ത് ചെയ്തു പിപതി സലിലം ഗോപബ്രാദേവന്ത സകിലനികിലൻ അഗ്നിപ്രഖ്യം പുനദ്രുതമുദ്ദൻ കോട്ട്യ തദാശഭവാൻ വിഭോ ോപ്രാദേശം ഗോപന്മാരെല്ലാം വെള്ളം കുടിക്കാൻ പോയപ്പോ സഭവന്തം അങ്ങേ കണ്ടവൻ ഓടി വന്നു കൊത്താനായിട്ട് ഭഗവാനോ ശരീരം മുഴുവൻ അഗ്നിരൂപമാക്കി അവൻ കൊത്തിയതും അഗ്നിപ്രക്യം ദ്രുതം മുഗ്ധൻ അവൻ തുപ്പിക്കളതും ഉള്ളിൽ നിന്ന് എന്നിട്ട് വീണ്ടും അവൻ ഭഗവാന്റെ നേരെ തിരിഞ്ഞപ്പോ ഭഗവാൻ എന്ത് ചെയ്തു വായ പൊളിച്ചു വരുന്ന ചുണ്ടുകൾ രണ്ട് പിടിച്ചുകൊണ്ട് ആശുചഞ്ചു ഭഗവാൻ അതിനെ രണ്ടെയും പിളർന്നുകൊണ്ട് അങ്ങോട്ട് വലിച്ചവനെ കൊന്നുകളഞ്ഞു ഇപ്രകാരം സപതി സഹജാം സന്തൃഷ്ടം മൃദാം അനുജമകേ ഗ്രതീക്ഷിതമേവ വാ ശമനിലയം തസ്മുൻപേ സുമനോ ഗണേ കിരതി സുമനോ വൃന്ദം വൃന്ദാവനൽ അവൻ വേഗം സഹോദരിയിലടുത്തു പോവാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ മരിച്ചത് ആ അസുരൻ തന്റെ സഹോദരിയായിരുന്നു പൂതന് അപ്പൊ പൂതനെ കാണാൻ വേണ്ടി വേഗം പോകാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് വേഗമെടുത്തായിരിക്കാം അതായിരിക്കും അത്ര വേഗം ഭരിക്കാൻ കാരണം അല്ലെങ്കിൽ പട്ടതിരിപ്പാട് പറയാണ് ഒരുപക്ഷെ അനുജനെ കൂടി വേഗം അവിടെ ചെന്ന് സ്വീകരിക്കാമോ വിചാരിച്ചൊരു വേഗം പോകായിരിക്കും അതാ അനുജൻ വരാൻ പോകുന്നുണ്ട് അനുജന്റെ പേരായിരുന്നു അകാസുരൻ അപ്രകാരം എന്ന് തോന്നുന്ന വിധത്തിൽ അവൻ പോയിന്ന് മനുജമ അഭ്യഗ്രികത്വപ്രതീക്ഷിതമേവ ഇപ്രകാരം ഭഗവാൻ അവനെ വധിച്ച് ആ സമയത്ത് ദേവന്മാർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ അവരെന്താ ചെയ്യുക ഉടനെ തന്നെ സുമനോകണേക്കിരതി അവര് ഭഗവാന്റെ നേരെ സ്വരമനോകണങ്ങളൊക്കെ പുഷ്പവിഷ്ടി ചെയ്ത് ഭഗവാൻ അതെല്ലാം അനുഭവിച്ച് വൃന്ദാവനത്തിലേക്ക് തിരിച്ചുപോയിതാണ് ഇപ്രകാരം ലളിത മുരളീനാഥം ദൂരാനിശമ്യവതോജനേ ത്വരിതമുപഗമ്യാധാരൂഢമോധ മുതിച്ചത ജനിതജനീയന്താനന്ദ സമീർണന്തിര പ്രതിതമസദേശേ ഇപ്രകാരം മധുരമായ വേണുനാഥം മുഴുക്കിക്കൊണ്ട് വരുന്ന ആ ഭഗവാനെ കണ്ടിട്ട് നന്ദഗോപരും യശോദാദേവിയും എല്ലാവർക്കും ആനന്ദം കൊടുത്തുവെന്നാണ് ഇങ്ങനെ ഗോപന്മാർക്കും ഗോപിമാർക്കും യശോദാദേവിക്കും നന്ദഗോപർക്കും ആനന്ദം കൊടുത്ത ഗുരുവായൂരപ്പ ഗുരുവായൂരിൽ വസിക്കുന്ന ഗുരുവായപ്പ എന്റെ എല്ലാ രോഗത്തിൽ നിന്നും എന്നെ മുക്തമാക്കേടമേ എന്ന് പറഞ്ഞ് അപ്പം സമരിപ്പിച്ചു അപ്പൊ ഇവിടെയാണ് രണ്ടുപേരെ വധിക്കുന്നത് ആരൊക്കെയാണ് വത്സകാസുരൻ ഭഗാസുരൻ ഒന്ന് പശുക്കുട്ടിയുടെ രൂപത്തിൽ വന്ന അസുരൻ രണ്ടാമത് കൊച്ചിയുടെ രൂപത്തിൽ വന്ന അസുരൻ ആരാണ് ഈ വത്സകാസുരൻ ആരാണ് ഈ ഭഗാസുരൻ ഈ വത്സ ഭഗാസുരൻ പൂതനയുടെ സഹോദരനാണ് അവർ പിന്നെ പറഞ്ഞിട്ടില്ല ആരാണെന്നുള്ളത് എന്തായാലും അസുരനാണ് ഇവിടെ നമ്മൾ പശു എന്ന് പറഞ്ഞാൽ സാധാരണ മൃഗം എന്ന രീതിയിലല്ലേ നമ്മൾ അർത്തെടുക്കുക പശ്യ കാണുക കാണുന്ന ലോകത്തെ തന്നെ അതിൽ രമിക്കുന്നവരെയാണ് പശുക്കൾ എന്ന് പറയുക കാണുന്ന ലോകത്തിൽ രമിക്കുന്നവർ പശുക്കളാണ് ഒരു മഹർഷിയുടെ പേരാണ് കശ്യവൻ കഹപശ്യ ആരാണ് എന്റെ ഉള്ളിൽ നിന്ന് കാട്ടിത്തരുന്നത് എന്ന് ചോദിക്കുന്നവരാണ് കഹപശ്യൻ കഹപശ്യൻ പറഞ്ഞാൽ ആരാണ് എനിക്കിതെല്ലാം കാട്ടിത്തരുന്നതെന്ന് അന്വേഷിക്കുന്ന കശ്യപന് ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കും അതുകൊണ്ട് കശ്യപ മാഷി തപസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്നാൽ ഇവിടെ കാണുന്നതിൽ രവിക്കുന്നവര് ആരാണ് പശുക്കളാണ് പശുവിന്റെ രൂപത്തിൽ വന്ന് ജീവിക്കുന്നവരാണ് കാണുന്നതിൽ മാത്രം രവിച്ച് ജീവിക്കുന്ന ആളുകളെയാണ് വത്സാസുരൻ എന്ന് പറയുന്നത് വത്സം എന്ന് പറഞ്ഞാൽ പശു പശുക്കുട്ടി അതിൽ ജപിക്കുന്നവര് അവന്റെ കാല് പിടിച്ചുകൊണ്ട് ഭഗവാൻ അടിച്ചു തകർത്ത് കളഞ്ഞു തന്നെ വൃക്ഷത്തിലടിച്ചു കളഞ്ഞു ഇതുപോലെ നാം ഇന്നീ ലോകത്തെ മനസ്സുകൊണ്ട് ആശ്രയിക്കുമ്പോൾ നമ്മളെല്ലാം ആരായി തരുന്നു ആരായിത്തുന്നു വത്സാസുരനായി നമ്മുടെ കാലുകൾ എന്ന് പറഞ്ഞാൽ ആശ്രയം അർത്ഥം നമ്മുടെ മനസ്സിലാകുന്ന ആശ്രയത്തെ നമ്മൾ ഏത് ആശ്രയത്തിലേക്ക് കൊടുക്കണം ഇന്ന് നമുക്ക് മനസ്സൊരാശ്രയമാണ് അതുകൊണ്ടാണ് നമ്മൾ മനസ്സുകൊണ്ട് ലോകത്തിൽ ലഭിക്കുന്നത് ഇനി ആ മനസ്സിന് പോലും ആശ്രയം പകരാൻ ആരുണ്ട് ഉള്ളിലൊരു ഭഗവാനുണ്ട് ആ ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സിനെ അർപ്പിച്ചാൽ നമ്മൾ മുക്തരായി തീർന്നു ഈ കഥ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് മനസ്സിലാവും നാം ലൗകിക ജീവിതത്തിൽ മുഴുകുമ്പോൾ പശുവിന് സമാനന്മാരും നാം ഈശ്വരനിലേക്ക് തിരിയുമ്പോൾ കശ്യപന്മാരുമായി തീരുന്നു കശ്യപൻ ഒരു ബ്രാഹ്മണനാണ് അദ്ദേഹം തപസ്വിയാണ് എന്നാൽ ലൗകിക ജീവിതത്തിൽ മുഴുകുന്നവരൊക്കെ മൃഗങ്ങൾക്ക് തുല്യര കാരണം മൃഗങ്ങൾക്കും മനുഷ്യർക്കും നാല് അനുഭവങ്ങൾ കോമണാണ് ഏതെല്ലാം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അവരും ചെയ്യുന്നത് നമ്മളും ചെയ്യുന്നുണ്ട് വ്യത്യാസമുണ്ടോ കിടന്നുറങ്ങുക അവരും ചെയ്യുന്നത് ആ സുഖം അവർക്കുണ്ട് കഴിക്കുന്നതിൽ സുഖം കിടക്കുന്നതിൽ സുഖം പിന്നീട് രതി ഇണചേരുന്നതിൽ സുഖം അവർക്കുമുണ്ട് മനുഷ്യർക്കുമുണ്ട് നാലാമത്തത് അവർക്കുമുണ്ട് പുത്രസ്നേഹം അല്ലേ പട്ടികൾക്കൂലി അവരുടെ കുട്ടികളോടൊക്കെ സ്നേഹം അപ്പൊ അങ്ങനെയുള്ളതിൽ മാത്രം സുഖം കാണുന്നവരെയാണ് പശുക്കൾ പറയും നാം എങ്ങോട്ട് ഉയരണം ഇങ്ങനെ ഉള്ള മനസ്സിനെ ആരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കണം ഭഗവാന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കണം അങ്ങനെ ഇവിടെ ഈ കഥ പറഞ്ഞു രണ്ടാമത്തത് ഭഗാസുരൻ എന്ന് പറയും അവനാണെങ്കിലോ കൊച്ചിയുടെ രൂപത്തിലാണ് വന്നിരിക്കുന്നത് വിഴുങ്ങാൻ വന്നിരിക്കുകയാണ് ആരെയാണ് അവർ വിഴുങ്ങേണ്ടത് ഭഗവാനെയാണ് വിഴുങ്ങേണ്ടത് ഈ ലോകത്തെ വിഴുങ്ങാനാണ് ലോകത്തെ തന്റെ കൊക്കിലൊതുക്കാനാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും പലരുണ്ടല്ലോ ഭഗാസുരന്മാർ തന്നെയാണ് ഓരോരുത്തരും പിടിച്ചു നോക്കുന്നുണ്ട് എന്റെ ചുണ്ടിലൊതുങ്ങുമെന്ന് അതാണല്ലോ ജോർജ് കുഷ് വിഴുങ്ങി നോക്കുന്നുണ്ട് കുറച്ചുകാലം ഹിറാഖിലൊരാളുണ്ടായിരുന്ന അയാൾ വിഴുങ്ങി നോക്കി അലയാൾ ഔട്ടാക്കി ഇങ്ങനെ പലരും പലരും പലരും തന്റെ ചുണ്ടിലൊതുക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെ ലോകത്തെ ആർക്കും ഇന്നേവരെ ചുണ്ടിലൊതുക്കാൻ സാധിച്ചില്ല ചിലരെ ഈശ്വരനെ തന്റെ ചുണ്ടിലാക്കാൻ നോക്കുന്നുണ്ട് വിഴുങ്ങാൻ നോക്കുന്നുണ്ട് സാധ്യമല്ല പറയാൻ അല്പമുള്ള മനസ്സിന് സർവവ്യാപിയായിരിക്കുന്ന ഭഗവാനെ ഒരിക്കലും വിഴുങ്ങാൻ സാധ്യത ഇതേതുപോലെയാണ് വലിയൊരു സാഗരത്തിന്റെ അടുത്തൊരു കുഴി കുഴിച്ചിട്ട് സാഗരത്തിലെ വെള്ളം നിറയ്ക്കുന്നത് പോലെയാണ് സാഗരത്തിന്റെ അടുത്തൊരു കുഴി കുഴിച്ചിട്ട് സാഗരത്തിലെ വെള്ളം നല്ല നിറയ്ക്കാൻ പറ്റുമോ ഇല്ല അപ്പോ സാഗരത്തിലെ ഉള്ള വെള്ളം നമുക്ക് ചെറിയൊരു കുഴിയിൽ ഒതുക്കാൻ പറ്റാത്തതുപോലെ ഈശ്വരനെ നമ്മുടെ ചുണ്ടിൽ അല്ലെങ്കിൽ കൊക്കിൽ ഒതുക്കാൻ സാധ്യല്ല അതുകൊണ്ട് ശ്രദ്ധികനായി പറയുന്നത് ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത് ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത് ഈശ്വരനെ കാണുക ഈശ്വരനെ ഗ്രഹിക്കുക എന്നതിലൊക്കെ ഉപരി ഈശ്വരനിലേക്ക് തന്നെ സമർപ്പിക്കുന്നതിലാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഈശ്വരനെ നമുക്ക് ഗ്രഹിക്കാനും ഈശ്വരനെ നമുക്ക് കാണാനും സാധ്യമല്ല കാരണം സർവത്ര നിറഞ്ഞിരിക്കുന്ന ഈശ്വരനിൽ അല്പമായ മനസ്സിനൊരിക്കലും കാണാൻ സാധ്യമല്ല ഒരു ഫൈനൈറ്റ് വസ്തുവിന് ഇൻഫിനിറ്റിനെ കാണാൻ സാധ്യമല്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഒരു പുഴയ്ക്കൊരിക്കലും സാഗരത്തെ കാണാൻ സാധ്യമല്ല പിന്നെന്താ പുഴയ്ക്ക് ചെയ്യാനുള്ളത് സാഗരത്തിലേക്ക് യിക്കാൻ സാധിക്കും അപ്പൊ ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത് തന്നെ ഭക്തി നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് സമർപ്പണത്തിന്റെ സംസ്കാരമാണ് സമർപ്പിക്കുക എല്ലാം നമ്മൾ ആർക്ക് വിട്ടുകൊടുക്കുക ഭഗവാന് വിട്ടുകൊടുക്കുക സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നെവർ അലൌ ദ മൈൻഡ് ടു തിങ്ക് അബൌട്ട് വറി അബൌട്ട് എനിത്തിങ് എല്ലാം ഭഗവാന് വിട്ടുകൊടുക്കുക അപ്പൊ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എവറിത്തിങ് വി ഷുഡ് ആക്സെപ്റ്റ് എന്തു വരുന്നതും ഭഗവാന്റെ നിശ്ചയമായി സ്വീകരിക്കാൻ പഠിക്കണം അപ്പോഴേ നമ്മൾ സമർപ്പിക്കുള്ളൂ എല്ലാം ഈശ്വരപ്രസാദമായി സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ അയാളെല്ലാം ആർക്ക് വിട്ടുകൊടുത്തിരിക്കണം ഭഗവാൻ നിങ്ങൾ ഇവിടെ കൊണ്ടുവരണം പ്രസാദം ഇവിടെ നിങ്ങൾ പ്രസാദം കൊണ്ടുവരാത്തോടത്തോളം കാലം നിങ്ങൾക്കതിനാൽ സ്വീകരിക്കാൻ പറ്റുക ഇവിടുന്ന് പ്രസാദം തരുമ്പോൾ അത് സ്വീകരിക്കണമെങ്കിൽ ആദ്യം കൊണ്ടുവരണം മനസ്സിലായില്ലേ ഇതുപോലെ നമ്മൾ നമ്മുടെ മനസ്സിനെ സമർപ്പിച്ചിട്ട് വേണം അവിടുന്ന് കിട്ടുന്നതെല്ലാം സ്വീകരിക്കാം ഇന്ന് പലർക്കും ജീവിതാനുഭവം ഈശ്വരപ്രസാദമായി സ്വീകരിക്കാൻ പറ്റാത്തതിന് കാരണം അവരവരുടെ മനസ്സിനെ സമർപ്പിച്ചിട്ടില്ലേ അത് തന്നെ പലർക്കും അതുകൊണ്ടാണ് ദുഃഖങ്ങളും വിഷമങ്ങളും ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളും ഈശ്വരപ്രസാദമായി സ്വീകരിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ സമർപ്പിക്കാൻ പഠിക്കണം ഇത് ഭഗവാനെ സമർപ്പിച്ചിരിക്കുന്നു സമർപ്പിച്ചിരിക്കുന്നു നാരായണായതി സമർപ്പന നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോയി സമർപ്പിക്കുന്നത് വേറെയാണ് ഒരു രൂപീ സമർപ്പിക്കും കായേനവാച മനസ്സേന്തിരുവാധ്യ മനാവാ പ്രകൃതി സ്വഭാവൽ കരൂമി എത്തിയ സകല അമ്പലസിനി നാരായണായ സമ്പലത്തിലൊക്കെ കണ്ടിട്ടില്ല ഈ കായേന വാച മനസ്സ എന്ന് പറഞ്ഞ എന്താർത്ഥം കായേന എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് കുത്തിക്കൊണ്ട് വാച എന്ന് പറഞ്ഞാൽ ചീത്ത പറഞ്ഞുകൊണ്ട് മനസ്സാന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടുകൊണ്ട് എന്നിട്ടാണ് അമ്പലത്തിൽ തൊഴാൻ പോകുന്നതേ ഒരു വൈരൊക്കെ കണ്ടില്ലേ ക്യൂവിലൊക്കെ നിങ്ങൾ കായേന വാച മനസ്സീ തത് എങ്ങനെയാണ് ആളുകൾ നാരായണായത് സമർപ്പയാമി കാണുന്നത് ഇതല്ല നാരായണായത് സമർപ്പയാമി നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമ്മളാർക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കണം ആരെന്ത് പറഞ്ഞാലും എന്ത് കേട്ടാലും സമർപ്പയാ വിട്ടു എന്ത് വരുന്നതും ഭഗവാനെ അവിടുത്തെ ഒരു പ്രസാദം ഈ രീതിയിൽ കാണാൻ നമുക്ക് സാധിക്കട്ടെ ഇനി അടുത്തതാണ് അൻപത്തൊന്നാമത്തെ ദശകം അതാണ് വനഭോജനം എന്ന് പറയുന്ന ലീലയും അകാസുര മോക്ഷം എന്ന് പറയുന്ന ലീലയും കഥാജനം സമാവൃതേത്സമേ ഒരു ദിവസം ഭഗവാൻ ഗോപന്മാരോട് പറഞ്ഞു നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യാം എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരിക പാത്രത്തിലാക്കിയോ പൊതിഞ്ഞോ ഉറിയിലാക്കിയോ കൊണ്ടുവരിക എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം കാട്ടിൽ വെച്ച് കഴിക്കാം ഈ എക്സ്കർഷനൊക്കെ പോയില്ല ഈ കുട്ടികൾ അപ്പൊ വഴിയിത് കഴിക്കാനായാലും രസമുണ്ടല്ലോ അങ്ങനെ എല്ലാവരും അവരവരുടെ വീട്ടിൽ ഭക്ഷണം കൊണ്ടുവരണം നമുക്ക് അവിടുന്ന് കഴിക്കാം എന്ന് പറഞ്ഞ് കുട്ടികളെല്ലാം എന്ത് ചെയ്തു സമാവൃതെ ബഹുതര മത്സര മണ്ഡലയിൽ സമയ സതേമനെ അവരവരവരുടെ വീട്ടിൽ നിന്ന് ഓരോരുത്തരും ചോറും മറ്റും കറികളും എടുത്തുകൊണ്ട് അന്ന് അവരെ കാട്ടിലേക്ക് ഭക്ഷണത്തോടുകൂടി വന്ന് ശരി മഹർഷയ പുളകരേ കളയൂഹി ഭക്ഷണവും എടുത്തുകൊണ്ട് ഗോപന്മാരെല്ലാവരും ഭഗവാനും എല്ലാവരും കൂടി ചേർന്ന് കാട്ടിലേക്ക് പോവാണ് പശുക്കളയും കൊണ്ട് ആ സമയത്ത് ഭഗവാന്റെ കാലിൽ നിന്നും ഉയരുന്ന പൊടികൾ ഋഷീശ്വരന്മാരെ തന്നെ കുറച്ച് പൊടി കിട്ടിയാൽ അറിയില്ല എന്തിനു വേണ്ടിയിട്ട് അവരുടെ ശിരസിലിട്ടുകൊണ്ട് അവരെ പരിശുദ്ധീകരിക്കാനായിട്ട് ഇപ്രകാരം മഹർഷയ ധ്രതഭവനീക്ഷണോത്സവ പുളകലരേ കളേവരെ ഉരൂഹിരേ അവരാ ഭഗവാന്റെ പാദത്തിൽ നിന്നും പൊടിയെടുത്തുകൊണ്ട് തങ്ങളുടെ ശിരസൽ അണിഞ്ഞുകൊണ്ട് ഉത്പുളകം അനുഭവിച്ചു ഭഗവാനോ പ്രചാരയത്യവിര വിരളശാദ്ശുൻ വിഭോപതി സമം കുമാരേ അകാസുരോ നിരണതായവത്താകൃതി അങ്ങനെ ഭഗവാൻ ഗോപന്മാരോടെത്തിച്ച് ആ പശുക്കുട്ടികളെയൊക്കെ മേയാൻ വിട്ടുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്തുണ്ടായി അവിരളശാദ്വലേ തലേ പശുൻ പശുക്കുട്ടികളൊക്കെ പുല്ലുള്ള പ്രദേശത്ത് ധരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയാനക അകാസുര പേടിപ്പിക്കുന്ന ഒരു അകാസുരൻ അവനതാ പാപം ചെയ്യാനായിട്ട് ഇവരുടെ വർത്തിനിം നെരുണൽ വഴിയെ തടഞ്ഞുവാനാണ് എങ്ങനെ കടന്നത് അവൻ മഹാജല പ്രതിമതനോർഗുഹാനിതോദരം ഭഗവാൻ കുറച്ച് ദൂരത്തായ സമയത്ത് അവരെ ഭഗവാനെ കുറച്ച് ദൂരയായി കണ്ട സമയത്ത് ഈ ഗോപന്മാരെന്ത് ചെയ്തു കളിക്കുന്നതിനിടയിൽ ചരിത പ്രതിമനോ അവരെ ആ ഗുഹയിനകത്തേക്ക് ഗുഹാ നിപ്രസന്ന അവര് പ്രസാപ പ്രസാരിത അവരാ ഗുഹയുടെ ഉള്ളിലേക്ക് കടന്നു എന്നതാണ് അങ്ങനെ അവർ കടന്നു ആ അകാസുരൻ വായെങ്ങനെ പതുക്കെ പതുക്കെ അടച്ചുകൊണ്ടിരിക്കുക ഭഗവാൻ നോക്കുമ്പോൾ തന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഗോപന്മാരെല്ലാം ആ പാമ്പിന്റെ വായയുടെ ഉള്ളിലാണ് എന്നിട്ടോ പ്രമാദത പ്രതിശതി പന്നഗോദരം കൊതത്തനോ പശുപകുലേ സവത്സകേ വിതന്യതം തമവിവേശിത പ്രഭോ സുഖജിരം വിചരണമാസുരക്ഷിതം സവത്സകേ പശുപകുലേ പ്രവാതത ആ ഗോപന്മാര് ബോധമില്ലാതെ ഇതെന്തോരു ഗുഹയാണെന്ന് തെറ്റിദ്ധരിച്ച് അവരാ പക്ഷുക്കുട്ടികളുടെ കൂടെ പന്നഗോതരം പ്രവിച്ചതി ആ പാമ്പിന്റെ വായിലേക്ക് പ്രവേശിച്ചതും അങ്ങേയറ്റത്തെ അഗ്നിയുടെ ചൂട് അവരനുഭവപ്പെട്ടു വളരെ തീവ്രമായ ചൂട് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഭഗവാൻ ആണെങ്കിലോ സുഹൃജ്ജനം രക്ഷിതം ആ കുട്ടികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പശുക്കുട്ടികളെയും ഗോപന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഓടിച്ചിരുന്നു എന്നിട്ടോ ഗളോദരെ വിപുലിതമാരുതേ ദ്രുതംഭിതോ വിമോദയൻ പശു പശു ഭഗവാൻ ഗളോദരെ വിപുലിത വഷ്മണ ആ പാമ്പിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് അവന്റെ കഴുത്തിന്റെ അവിടേക്ക് നിന്നുകൊണ്ട് ഭഗവാൻ ബോഡി ബിൽഡ് ചെയ്തു ഭഗവാൻ ജിമ്മിൽ പോവാറുണ്ട് തോന്നണോ ശരീരമൊക്കെ ഒന്ന് ഭഗവാൻ വലുതാക്കി അവരെ ശ്വാസമുട്ടുന്ന പോലെ തോന്നി വികളിത മണ്ടലെ പശുപശൻ വിമോചന അവന്റെ കണ്ടം പൊട്ടിച്ചുകൊണ്ട് പിളർന്നുകൊണ്ട് ആ ഗോപന്മാരെയും പശുക്കുട്ടികളെയും ഭഗവാൻ രക്ഷിച്ചു അങ്ങനെ ഭഗവാൻ ഒരസുരനെ കൂടി കൊന്നു അവന്റെ പേരായിരുന്നു അഖാസുരൻ എന്നിട്ടോ ക്ഷണം തി ആ സമയത്ത് ഭഗവാൻ പുറത്തുവരുന്നതിനായിട്ട് കാത്തിരിക്കുന്ന ദേവന്മാര് ക്ഷണം ദിവി ഭഗവാൻ പുറത്തു കടന്നതും നടന്നതോ ദേവന്മാരെല്ലാം അവിടെ നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി സവിസ്മയേ കമലവാ കമലഭവാദിവിസ്വരേ അനുദ്രതകുമാരകേ ശാമുപേ സ്വകേഭവാന ബോധനോത്സവം അങ്ങനെ പ്രഹ്മാതി ദേവന്മാരെല്ലാം സ്തുതിച്ച് അവരെല്ലാം പോയതിനു ശേഷം അവരെല്ലാം വിട്ടതിനു ശേഷം ഭഗവാൻ എന്ത് ചെയ്തു തന്റെ കൂടെ ഗോപന്മാരുടെ കൂടെ ബോധനോത്സവം അതനുദാ എന്തു തീരുമാനിച്ചു ബോധനോത്സവം എന്ന് വെച്ചാൽ കൊണ്ടുവന്ന ആ ഭക്ഷണം എല്ലാവരും കൂടെ ചേർന്ന് കഴിക്കാൻ നിശ്ചയിച്ചു എങ്ങനെയൊക്കെയാണത് വിഷാണികാമഭിമുരലിം നിതംബകേ നിവേശയൻ കപളതര കരാമ്പുതേ പ്രഹാസയൻ കളവതനേ കുമാരകൻ മുതാനു വിഷാണികാം വിരളിം അഭി നിതമ്പകേ നിവേശയൻ കൊമ്പും തന്റെ കുഴലൊക്കെ ഭഗവാൻ അരയിലങ്ങോട്ട് തിരികിക്കൊണ്ട് കരാമ്പുതേ കവളതര കയ്യിൽ ചോറുള്ള വരുട്ടി എന്നിട്ടാ ഉരുളെടുത്തുകൊണ്ട് കളവതനെ ഓരോരോ തമാശകൾ പറഞ്ഞു ഗോപന്മാർക്ക് ഇതേ പിടിച്ചോ ഗോപന്മാരോ ഓരോരുത്തർക്കൊല്ലേശൊക്കെ കൊടുത്തിട്ട് പ്രഹാസയൻ ഇപ്രകാരമെല്ലാം അനുഭവിച്ചു കൊണ്ടിരുന്ന ഭഗവാനെ ദേവന്മാരെ അതാ അവിടെ ഇരുന്ന് സ്തുതിക്കാൻ തുടങ്ങി ഭഗവാൻ ചോറിലെടുത്തുകൊണ്ട് എല്ലാ ഗോപന്മാർക്കും കൊടുക്കുകയും സ്വയം അനുഭവിക്കുകയും ഗോപന്മാരെ എല്ലാം തൃപ്തിപ്പെടുത്തിയതാണ് എങ്ങനെയുള്ള ഭഗവാൻ സാധാരണ യജ്ഞത്തിൽ ഹോമം ചെയ്യുന്ന സമയത്ത് ഭഗവാനെ അഗ്നിയായി കണ്ടുകൊണ്ട് സാധനങ്ങളൊക്കെ അഗ്നി ഭഗവാന്റെ മുഖത്തേക്കിനും ഭഗവാൻ കൊടുക്കുന്നുവെന്ന് ഇവിടെ താ ഭഗവാൻ തന്നെ ചോറിലുരുട്ടിക്കൊണ്ട് മറ്റ് ഗോപന്മാർക്കെല്ലാം പങ്കുവയ്ക്കുന്നു ഇപ്രകാരം സുഖാസനം തികതവ ഗോപമണ്ഡലേ മകാശനൽ പ്രിയമി വദേവമണ്ഡലേ ജഗൽപദേ ഇപ്രകാരം ഗോപമണ്ഡലേ സുഖാസനം തു ദേവന്മാരുടെ കൂടെ മധ്യത്തിലിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഗുരുവായൂരപ്പനെ കണ്ടപ്പോ അവർക്ക് ദേവന്മാർക്കെല്ലാം അത്ഭുതം തോന്നി ആ ദേവന്മാരെ പറയാണ് യജ്ഞാംശം പൂജിക്കുന്നതിനേക്കാൾ ഭഗവാനിഷ്ടം ഇതാണ് തോന്നുന്നു മകാസനാൽ പ്രിയം ഇവ മകം എന്ന് പറഞ്ഞാൽ ഹോമകുണ്ടത്തിലൂടെ കഴിക്കുന്നതിനേക്കാൾ ഭഗവാനിഷ്ടം ഗോപന്മാരുടെ കൂടെ ചേർന്ന് കഴിക്കുന്ന ഇപ്രകാരം ഭഗവാനെ സ്തുതിക്കപ്പെട്ട ദേവന്മാല സ്തുക്കപ്പെട്ട ഗുരുവായപ്പ അവിടെ നിന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ ഭോജനോത്സവം ആഘോഷിക്കുകയാണ് അകാസുരനെ മതിക്കലും ഭോജനോത്സവം എന്താണ് ഈ ലീല അഖം എന്ന് പറഞ്ഞാൽ പാപം എന്താണെ ഏറ്റവും വലിയ പാപം പാപം എന്ന് പറയുന്നത് ദുഃഖമാണ് ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ദുഃഖിച്ച് ജീവിക്കുന്നതാണ് പാപം നാം ദുഃഖിച്ച് ജീവിക്കുന്ന എന്നവരാണെങ്കിൽ നമ്മളൊക്കെ പാവികളാണ് നത്വം അപ്പൊ ദുഃഖിച്ച് ജീവിക്കാതിരിക്കാൻ പറ്റുമോ പറയാണ് ദുഃഖം വരുന്നത് ഭഗവാനെ മറക്കുന്നത് കൊണ്ടാണ് സ്മരിക്കുന്നവർക്ക് ദുഃഖം പോലും എന്തായിരിക്കും പ്രസാദേ സർവദുഃഖാനാം അവർക്ക് ദുഃഖം പോലും പ്രസാദമായിരിക്കും അപ്പൊ അവർക്ക് ദുഃഖമില്ല അവരെ ദുഃഖത്തെ പോലും കാണുന്നത് പ്രസാദമാണ് ഭഗവാനെ സ്മരിക്കുന്നവർക്ക് ഭഗവാൻ അകാസുരനെ വധിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം പാമ്പന്റെ രൂപത്തിൽ വന്ന അഖാസുരൻ നമ്മളെ പിടിച്ചു വിഴുങ്ങുന്ന ദുഃഖം തന്നെയാണ് പറയുന്നത് അവനെ നമ്മൾ വധിക്കുക തന്നെ വേണം അതിന് വധിക്കണെങ്കിൽ എന്ത് വേണം അവന്റെ ഉള്ളിലേക്ക് ആര് പ്രവേശിക്കണം ഭഗവാൻ പ്രവേശിച്ചാൽ മാത്രം പോരാ ഭഗവാൻ ഒന്നങ്ങോട്ട് വലുതാവണം അപ്പോ ഉള്ളിൽ ഭഗവാൻ വലുതായി വരും തോറും ഉള്ളിൽ ഭഗവാൻ പ്രേമം വർദ്ധിച്ചു വരും തോറും ദുഃഖം എന്ന് പറയുന്ന അഖാസുരൻ ഉള്ളിൽ നിന്ന് മരിച്ചു മരിച്ച് മരിച്ചു പോകും മനസ്സിലാവുന്നതല്ലോ അപ്പൊ നമ്മുടെ ഉള്ളിൽ ദുഃഖം വരുമ്പോഴൊക്കെ നമ്മൾ ഓർത്തോളണം നമ്മുടെ പേര് മാറ്റണം കേശവൻ മാധവൻ എന്നൊക്കെയുള്ള പേര് മാറ്റി മീനാക്ഷി എന്നുള്ള പേരൊക്കെ മാറ്റി നമ്മൾ ദുഃഖി ദുഃഖി എന്ന് പേരിടണം ഭകര ദുഃഖമുള്ളവരാണ് അഖാസുരന്മാര് ദുഃഖമില്ലാത്തവരായിട്ട് ലോകത്തിലാരെങ്കിലും ഉണ്ടോ ഉണ്ട് അവർക്ക് ദുഃഖമല്ല ഉള്ളത് ദുഃഖം പോലും അവർക്ക് ഭഗവാന്റെ പ്രസാദമാണ് മനസ്സിലായില്ലേ അതാണ് കുന്തി ദേവി ഭഗവാനോട് പ്രാർത്ഥനത് നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതല്ല കുന്തി ദേവി നമ്മൾ എന്താ പറയുന്നത് സമ്പത്ത് തരണേ പൈസ തരണേ വീട് തരണേ ഭാര്യ തരണേ അങ്ങനെയൊക്കെയാണല്ലോ സഞ്ചമേ മയശമേ കാമശമേ അങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കുക ചിലരങ്ങനെ പ്രാർത്ഥിക്കും എന്താണ് വിത്തം ചമേമേ ദ്രവിണം ചമേമേ ഭാര്യാ ഫ്രിഡ്ജ് എന്നുള്ളത് ഇംഗ്ലീഷായി പോയിട്ടില്ല അവ എനിക്ക് ഭാര്യ വേണം വീട് വേണം പണം വേണം ഇപ്രകാരം മേ മേ മേ മേ മേ മേ മേ മേ എന്ന് പറയുന്ന അതാണ് നമ്മുടെ സ്വഭാവം അമ്പലത്തിൽ ചെന്നിട്ട് എന്തിനു പറയുന്നു മേമേത്യഹോ മ്ലായതി മൂഢധി വിവരം കെട്ടവൻ ഇങ്ങനെ മേ മേ മേ മേ മേ മേ മേ മേ എന്ന് തം മേഷാരികാലത്തരസാഹിനി അവനെ കാലമാകുന്ന ചെന്നായ വന്ന് കടിച്ചുകൊണ്ടുപോകുന്നതവൻ അറിയുന്നില്ല ആടിനെ കാണുമ്പോൾ ഈ ചെന്നായക്കൾ ഒന്ന് പിടിച്ചുകൊണ്ടുപോകത്രേ ഇതുപോലെ നമ്മുടെ മനസ്സിനെ കാലനാകുന്ന ചെന്നായ പിടിച്ചുകൊണ്ടുപോകും അതുകൊണ്ട് മേമേ മേമേ മേമേ മേമേ മേമേ എന്ന് പറയരുത് വീട്ടിലുള്ള മേമയല്ല പറയുന്നത് നമ്മൾ എന്ത് പറയരുത് അമ്പലത്തിൽ ചെന്നിട്ട് അത് വേണേ ഇത് വേണം പിന്നെ എന്താ കുന്തിദേവി പറയുന്നത് ഭഗവാനോട് പറയുന്നത് വിപതസന്തുനത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം അപുനർഭവദർശനം ഭഗവാനോട് ആവശ്യപ്പെടുന്നത് വിപ വിപതന്തോ സശ്വത എനിക്ക് ശാശ്വതമായ ദുഃഖം തന്നാലും എന്ന് പ്രാർത്ഥിച്ചവളാണ് അര് എന്താ എങ്ങനെയെങ്കിലും നോക്കൂ പ്രാർത്ഥിക്കുന്നത് വെറുതെ വിടീതം അറിയില്ല ആ ദുഃഖങ്ങളിലൊക്കെ ഞാൻ ഭവതോ ദർശനം എന്നാണ് ഭഗവാനെ കാണുന്നുണ്ട് ആ ദുഃഖമൊക്കെ എനിക്ക് ഭഗവാന്റെ പ്രസാദമായി കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് എനിക്ക് തളരാ എന്നെ തളർത്താൻ ദുഃഖത്തിന് സാധ്യതയല്ല അപ്പൊ ദുഃഖം വേണ്ട എന്നല്ല പറയേണ്ടത് അമ്പലത്തിൽ ചെന്ന് കുട്ടിക്കാലത്തെ പ്രാർത്ഥിക്കേണ്ടത് എന്ത് വന്നാലും അതെല്ലാം ഭഗവാന്റെ പ്രസാദമായി കാണാൻ നമുക്ക് തോന്നണം അതിനു വേണ്ടിയിട്ടാണ് ചന്ദനൊക്കെ തരുന്നത് നിങ്ങക്ക് പക്ഷെ ആളുകളിത് ആ പ്രസാദം വാങ്ങിക്കും വേറെ പ്രസാദം പ്രസാദമായിട്ട് കാണില്ല അവിടുന്ന് വല്ലവരും ഇടുക്കി കുത്തുക ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും പ്രസാദല്ല എന്തനുഭവം വന്നാലും അത് പ്രസാദമായി കാണുമ്പോഴാണ് അകാസുരൻ എന്ന് പറയുന്ന ദുഃഖം നമ്മുടെ ഉള്ളിൽ നിന്നും പോകുന്നത് അത് അടുത്തത് ബോധനോത്സവമാണ് ദുഃഖമില്ലാത്തവർക്ക് എന്നും ജീവിതം ഉത്സവം തന്നെയാണ് അവർക്ക് ജീവിതം എന്ന് പറയുന്നത് പങ്കുവയ്ക്കലിന്റെ ഉത്സവമാണ് ഭഗവാന്റെ അനുഭൂതി പങ്കുവയ്ക്കാൻ തുടങ്ങും തോറും നിങ്ങളെന്നും വയറ് നിറഞ്ഞവരാണ് നിങ്ങൾക്ക് വയറ് നിറയുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമല്ല ആണോ ആണോ നല്ലൊരു അനുഭവത്തിൽ അങ്ങനെ ഇരുന്ന് തന്നെ വയറ് നിറഞ്ഞ പോലെയാണ് കഴിക്കുന്നു വേണ്ട നിങ്ങളുടെ വീട്ടിൽ കുറെ ഗസ്റ്റുകൾ വന്നു കുറെ തമാശയും പറഞ്ഞു നിങ്ങളോട് വളരെ അടുത്തിരിക്കുന്ന ഗസ്റ്റുകൾ അങ്ങനെ ഈ വർത്തമാനമൊക്കെ പറഞ്ഞ് അവർക്ക് നിങ്ങൾ ഭക്ഷണമൊക്കെ കൊടുത്തു നിങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കണ്ട അവരെ കൂടി ഇരുന്ന് വർത്തമാനം പറഞ്ഞാൽ തന്നെ വയറ് നിറഞ്ഞ പോലെയാണിത് ഇതുപോലെ നമ്മൾ സന്തോഷം പങ്കുവെക്കണം ദുഃഖം പങ്കുവെക്കാനല്ല ഭോജനോത്സവം നമുക്ക് ഭഗവാനിവിടെ ഭക്ഷണം കൊണ്ടുവച്ചിരിക്കണം അല്ലേ സന്തോഷമാണ് ഭക്ഷണം കൊടുക്കുന്നത് സന്തോഷമാണ് അപ്പൊ നമ്മൾ എല്ലാവർക്കും പങ്കുവെക്കേണ്ടത് സന്തോഷമാണ് ദുഃഖിക്കുന്ന വാക്കുകൾ വേദനിപ്പിക്കുന്ന വാക്കുകള് വിഷമത്തിന്റെ വാക്കുകള് കഴിയേണ്ടതും ആവില്ലെന്ന് പുറത്തുവരാൻ സമ്മതിക്കുന്നു കംപ്ലയിന്റുകൾ ഉണ്ടെങ്കിലൊക്കെ അവിടെ പിടിച്ചു വെക്കുക പരാതി പറയുന്ന സ്വഭാവം മാറ്റിവെക്കുക അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിക്കാം അങ്ങനെ പറഞ്ഞ് പരിശീലിക്കാം ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നു സാമ്പാറിൽ നല്ലവണ്ണം ഉപ്പുണ്ട് നിനക്ക് ഇങ്ങനെ പറയാം പൂ ദുപ്പ് സാമ്പാറാണത്രേ നീയാണോ സാമ്പാർ ഇങ്ങനെ പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം ഉപ്പ് ധാരാളം ഉണ്ടെങ്കിലും നന്നായിട്ടുണ്ട് കേട്ടോന്നും അപ്പോഴും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറയേണ്ടത് സംഗതി നേരെ ആ പറയുന്ന രീതിയാണ് നമ്മൾ അല്ലേ ഏത് രീതിയിൽ പറയണം സന്തോഷമുണ്ടാക്കുന്ന രീതിയും പറയാം വേദനയുണ്ടാക്കുന്ന രീതിയും നിങ്ങൾ ഇങ്ങനെ പറയാം സാമ്പാറ് നിങ്ങൾക്ക് സാമ്പാറാണ് ആ മറ്റാൾ ചോദിക്കുന്ന കുറച്ചുകൂടി വിളമ്പട്ടെ അയക്കൊന്നും ദേഷ്യം ഒരു സദ്യ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിളമ്പുന്നാൾ ചോറ് ചോറുങ്ങനെ വിളമ്പാൻ തയ്യാറാകുമ്പോഴേക്കും പാത്രം അയാളുടെ ഇലയ്ക്കാണ് പറഞ്ഞു കയ്യിൽ സ്ലിപ്പായിപ്പോയി വയസ്സായിട്ടുള്ളൊരു കാരണവരാണ് ഈ വിളമ്പുന്ന ചെറുപ്പക്കാർ വിചാരിച്ചിട്ട് ഇപ്പം കിട്ടി നോസ് നല്ല ചോക്ലേറ്റ് കിട്ടുന്ന വിചാരിച്ച് അപ്പൊ കാരണവർ ഉടനെ പറയുകയാണ് ഓ നിന്റെ മനസ്സ് എത്ര നല്ല മനസ്സ് നീ തന്നെയാണ് സാമ്പാറും വിളമ്പുന്നെങ്കിൽ എത്ര നന്നായിരുന്നു തോന്നുന്നു മറ്റുള്ളവരെക്കാളും നീ ശ്രേഷ്ഠരാണ് കാരണം ഒറ്റ പ്രാവശ്യം തന്നെ ഒരു രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒന്നിച്ച് ചോദിക്കുന്ന ആവശ്യമില്ലല്ലോ ഒന്നിച്ചേടെ വിളമ്പി തന്നെ നീ തന്നെയാണ് സാമ്പാറും കൂടി വിളമ്പിയിരുന്നെങ്കിൽ എത്ര നല്ല മനുഷ്യൻ ഇങ്ങനെയും കാണാം നീക്ക് ചീത്ത വിളിക്കാം ഇങ്ങനെയാണ് ജോറോന്ന ചോദിക്കാം അപ്പൊ ഇതൊക്കെ നമ്മുടെ സമീപനത്തിലാണിരിക്കുന്നത് അപ്പൊ കഴിയുന്നതും നമ്മള് ഭോജനോത്സവം ഭോജനോത്സവം എന്ന് പറഞ്ഞാൽ സന്തോഷം പങ്കുവെക്കുന്നവരായി തീരുക ഏത് പങ്കുവെക്കരുത് ദുഃഖം പങ്കുവെക്കുക അതുകൊണ്ടാണ് ആദ്യം അകാസുരനെ വധിച്ചിട്ട് വേണം എന്താഘോഷിക്കാൻ ഭോജനോത്സവം നോക്കൂ നിങ്ങൾ ഇതൊക്കെ വളരെ കണക്റ്റഡാണത് അപ്പൊ ഇന്ന് നമ്മൾ ഭോജനോത്സവം മറ്റന്നാർക്ക് കൂടുതൽ പങ്കുവെക്കുന്നതേ ദുഃഖമാണ് പങ്കുവെക്കുന്നത് വയസ്സാകുന്നോരം പരാതികൾ മോൻ വിളിക്കാറില്ല മകള് വന്ന് നോട്ടം നോക്കിപ്പോണു ഓരോരോ കംപ്ലയിന്റുകൾ അങ്ങനെ ഓരോരോ വിഷമത്തിന്റെ ദുഃഖത്തിന്റെ ജീവിതം നയിക്കുന്നത് കൊണ്ടായിരിക്കാം പലർക്കും പലരെയും ആവശ്യമില്ലാതെ ഈ പോകുന്നത് ഈ ഓൾഡ് ഏജ് എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ അത് മിക്കവാറും ഒരു ടെറബിൾ ഏജായി മാറുന്നത് അവര് എന്ത് പങ്കുവയ്ക്കുന്നതുകൊണ്ടാണ് ദുഃഖം പങ്കുവയ്ക്കുന്നത് സന്തോഷം പങ്കുവയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൾഡ് ഏജില്ല നിങ്ങളെന്നും യൗവനത്തിലാണ് നിങ്ങളെന്നും സന്തോഷത്തിലാണ് ഇതൊക്കെ നമുക്ക് പെട്ടെന്നൊന്നും വരില്ല ഇന്ന് നിങ്ങൾ പോയിട്ട് അങ്ങോട്ട് സന്തോഷം പങ്കുവയ്ക്കാന്ന് പറഞ്ഞാൽ അവരിയായിരിക്കും നിങ്ങൾക്ക് കാര്യമായിട്ട് എന്തോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തായിരുന്നു സൈക്കാറ്റിസിനെ ഇപ്പൊ ബുക്ക് ചെയ്യും അത് നമ്മൾ മനസ്സിലാക്കി ജീവിച്ചാൽ മതി പെട്ടെന്ന് തന്നെ ഇവിടെ വരും മക്കളെ നിങ്ങൾ കണ്ടിട്ടില്ലേ വയസ്സായിട്ടുള്ള ആളുകൾ എന്താ ലാഫിംഗ് ക്ലബ്ബുകളൊക്കെ നമ്മൾ ആർക്കും എന്ത് പങ്കുവയ്ക്കരുത് ദുഃഖം പങ്കുവയ്ക്കരുത് സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരു ജീവിതം അത് തന്നെയാണ് ഭോജനോത്സവം എന്ന് പറയുന്നത് അപ്രകാരം ഉള്ള ഗുരുവായൂരപ്പ എന്നെ എല്ലാവിധ രോഗത്തിൽ നിന്നും ഉയർത്തിയാലും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗോപന്മാരുടെ മണ്ഡലത്തിലിരുന്നു കൊണ്ട് എന്താണ് ഭക്ഷണം പങ്കുവയ്ക്കുന്ന ഗുരുവായൂരത്ത എന്നെ എല്ലാവിധ രൂപത്തിൽ നിന്നും മുക്തമാക്കിയത് ബ്രഹ്മാവ് ഭഗവാനെ പരീക്ഷിക്കുന്ന വത്സസ്ഥേയം എന്ന് പറയുന്ന ലീലയാണ് ഒരിക്കൽ ബ്രഹ്മാവിന് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മഹിമ നേരിട്ട് ബോധ്യമാവാൻ വേണ്ടിയിട്ട് ഗോപന്മാരെയും പശുക്കുട്ടികളെയും മറച്ചുവെച്ചുകൊണ്ട് ലീലയാടിയ ഭഗവാൻ ആ ലീലെ എങ്ങനെ കാണുന്നു എന്നെല്ലാം ഭട്ടുതിരിപ്പാട് അമ്പത്തിരണ്ടാമത്തെ ദശകത്തിൽ പറയുന്നു അന്യാവതാര നിഗരേഷ നിരീക്ഷണം തേ ഭൂമാതിരേകമിക്ഷഗമോക്ഷേ ബ്രഹ്മാ പരീക്ഷിതോക്ഷം ബ്രഹ്മാ പരീക്ഷിതന ഖമാവിനൊരിക്കൽ ഭഗവാനെ ഒന്ന് നേരിട്ട് പരീക്ഷിച്ചു മനസ്സിലാക്കണം തോന്നി കാരണം അന്യാവതാര നിഗരേഷു ഭഗവാൻ അനവധി അവതാരങ്ങളെടുത്തിട്ടുണ്ട് ആ അവതാരങ്ങളിലൊന്നും കാണാത്തൊരു മഹിമ കൃഷ്ണാവതാരത്തിൽ ഗുരുവായൂരപ്പന്റെ ലീലയിൽ കാണുന്നുണ്ട് അകാസുര അതൊക്കെയാണ് കാണിച്ച അത്ഭുതങ്ങളാണ് കാണിച്ചിരിക്കുന്നത് ഇതൊക്കെ കണ്ടപ്പോൾ ബ്രഹ്മാവിന് തോന്നി ഈ ലീലയെ ഒന്ന് ഭഗവാന്റെ മഹിമയൊന്ന് നേരിട്ട് കാണണമെന്ന് അതിനുവേണ്ടി അദ്ദേഹം ഒരു കാര്യം നിശ്ചയിച്ചു എന്താണ് ഒരിക്കൽ ഭഗവാനും ഗോപന്മാരും പശുക്കുട്ടികളെയും കൊണ്ട് കാട്ടിൽ പോയ ദിവസം വനഭോജനമൊക്കെ കഴിഞ്ഞു നേരത്തെ നമ്മൾ വനഭോജനത്തിലാണ് നിന്നത് വനഭോജനം കഴിഞ്ഞ് കൂട്ടുകാരോടൊത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കളിച്ച് രസിക്കുന്ന സമയത്ത് ഗോപന്മാരിൽ ഒരാൾ പറഞ്ഞു കൃഷ്ണ പശുക്കുട്ടികളുടെ ശബ്ദമൊന്നും കേൾക്കണില്ലല്ലോ ഉടനെ ഭഗവാൻ പശുക്കുട്ടികളെ അന്വേഷിച്ച് കാട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെയൊന്നും പശുക്കുട്ടികളെ കാണാനില്ല എന്ത് ചെയ്തത്രേ ബ്രഹ്മാവ് അവരെയൊക്കെ എല്ലാവരെയും മായ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു എന്നാണ് പറയുന്നത് ഒരു ഗുഹയിൽ കൊണ്ട് ഒളിപ്പിച്ചുവെച്ചു ഭഗവാൻ പശുക്കുട്ടികളെ കാണാതെ വന്നപ്പോ എന്ത് ചെയ്തു വത്സാനവീക്ഷ വിവശേ പശുപോൽക്കരേ താൻ ആനീതുവർത്തിവാമിഭുക്തകളോ യഥവാൻ സ്താനിതരോജവുമാരൻ ഭഗവാൻ ഗോപന്മാരുടെ വിഷമം കണ്ടിട്ട് ഗോപന്മാരെല്ലാം വത്സാനവീക്ഷ പശുക്കോൾ കരേത്താൻ അവരുടെ ആ വിഷമം കണ്ടപ്പോ ഭഗവാന് തോന്നി ഞാൻ തന്നെ പോവാമെന്ന് അവരോട് പറഞ്ഞ നിങ്ങൾ വിശ്രമിക്കൂ നിങ്ങൾ ഭക്ഷണം കഴിക്കൂ ഞാൻ പോയിട്ട് വരാം ഭഗവാൻ കാട്ടിലേക്ക് പോയതും ബ്രഹ്മാവിന് അത്രയും ആവശ്യമുണ്ടായിരുന്നു ഒന്ന് പോകണം പശുക്കുട്ടികളെ അന്വേഷിക്കാൻ പോയ ഭഗവാൻ പശുക്കുട്ടികളെയും കണ്ടില്ല തിരിച്ചു വരുമ്പോഴേക്കും ഭഗവാൻ വ്യാളം തീരത്തിന്റെ ബ്രഹ്മാവ് കുട്ടികളെയും സംരോജവ കുമാരൻ കുമാരന്മാരെയും മറച്ചുകളാണ് ഞങ്ങൾ പറയുന്നു ഭഗവാൻ ചോറുള്ളെയും കയ്യിൽ വെച്ചുകൊണ്ട് ആ പശുക്കുട്ടികളെയും ഗോപന്മാരെയും അന്വേഷിക്കുന്ന രംഗം മറ്റതൊരുപ്പാടിങ്ങനെ കാണുന്നത് എന്നിട്ടോധസ്ഥോപകണായുധസ്ഥി ഭണ്ഡ മുരളീ കവലാതിരൂപാദ്രായ സായം തൊമമായഹുദ പ്രജമായ ബ്രഹ്മാവ് കുട്ടികളെയും ഗോപന്മാർ ഗോപക്കുട്ടികളെയൊക്കെ മറച്ചപ്പോ പശുക്കുട്ടികളെയൊക്കെ മറച്ചപ്പോ ഭഗവാൻ അല്പനേരം ധ്യാനനിരത്തിനായി എവിടെയാണ് ഇവരൊക്കെ പോയത് അപ്പോൾ മനസ്സിലായി ബ്രഹ്മാവ് അങ്ങോട്ട് കളിച്ചതാണെന്ന് ഭഗവാൻ നവർ മൈൻഡ് എന്ന് പറഞ്ഞു ഭഗവാൻ എന്ത് ചെയ്തു അത്രേ മറച്ച കുട്ടികളെയും പശുക്കുട്ടികളെയും തന്റെ മനസ്സിൽ സങ്കല്പിച്ചു അവരുടെ നിറം അവരുടെ സ്വഭാവം അവരുടെ കയ്യിലുള്ള സാധനം ഇതെല്ലാം സങ്കൽപ്പിച്ചുകൊണ്ട് അവരെയൊക്കെ മനസ്സിൽ കണ്ട് കണ്ണം കൊണ്ട് തുറന്നതും അവരെല്ലാം തന്റെ മുമ്പിൽ താൻ തന്നെ അവരായി നിന്നുകൊണ്ട് ഭഗവാൻ കണ്ടുവന്നാണ് ഭഗവാൻ അറിയാം ഇവരൊക്കെ താൻ തന്നെയാണ് പക്ഷേ രൂപം കൊണ്ട് അവരൊക്കെ അവരുടെ വീട്ടത്തെയും ഉള്ളുകൊണ്ട് അവരൊക്കെ താനുമായി നിന്നുകൊണ്ട് ഭഗവാൻ അവരുടെ കൂടെ എന്ത് ചെയ്തു അവിടെ വച്ച് വിനീഷു ചിരായസായം ഭഗവാൻ കുറെ നേരം കളിച്ചുകൊണ്ട് വ്രജമായയാത പിന്നീട് വൃന്ദാവനത്തിലേക്ക് തിരിച്ചുപോയി എന്നിട്ടോ ത്വാമേവശവലാതിമയം ദദാനോ ശുവത്സകാലൂപോരൂപ ഭഗവാൻ തന്നെ കേവലം പശുക്കുട്ടികളും ഗോപന്മാരും മാത്രമല്ല ഉറി വടി എല്ലാം ഭഗവാൻ തന്നെ സർവവുമായിക്കൊണ്ട് അവര് തിരിച്ച് വൃന്ദാവനത്തിലേക്ക് എത്തിയ സമയത്ത് ഗോരൂപിണി പശുവും ഭഗവാൻ തന്നെയാണ് അത് തന്റെ കുട്ടിയെന്ന് തന്നെ കരുതിയിട്ട് ആ പശുക്കളെയൊക്കെ പശുക്കുട്ടികൾക്ക് പാലു ചെരുത്താൻ തുടങ്ങി അതുപോലെ ഗോപികമാരോ ജനനീ വ്യതിപ്രഹഷാൽ അത്യന്തം സന്തോഷത്തോടെ ഗുരുവായൂരപ്പനാണെന്നറിയാതെ സ്വന്തം മക്കളെ ഗുരുവായൂരപ്പനാണ് ശരിക്കും ആ സ്വന്തം മക്കളെ മടിയിലിരുത്താൻ സാധിച്ചു അവർക്ക് വാസ്തവത്തിൽ അവർ മടിയിലിരുത്തിയതല്ല ഭഗവാനെ തന്നെയാണ് കൃഷ്ണനെ തന്നെയാണ് പക്ഷേ അവർക്ക് കൃഷ്ണനാണെന്ന് പക്ഷെ എന്തോ അവർക്കൊരു അതീവ വാത്സല്യം ആ കുട്ടികളോട് തോന്നി എന്നാണ് പറയുന്നത് ജീവം ആത്മാനേവന്തം സാധാരണ ഒരമ്മ കുട്ടിയെ മടിയിൽ വച്ച് വാത്സല്യം കാണിക്കുന്നത് തന്റേതെന്ന ഒരു ബോധം കൊണ്ടാണ് തന്റേതാവുമ്പോഴാണ് അതിനോട് വാത്സല്യം വരുന്നത് ഇവിടെയാണെങ്കിലോ തന്റേതാണെന്ന ഒരു വശത്ത് ബോധം മറുവശത്ത് ആ കുട്ടിയിൽ നിന്ന് കിട്ടുന്ന അമിതമായൊരു വാത്സല്യം അത് അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല എവിടുന്നാ വരുന്നത് എന്ന് വാസ്തവത്തിൽ ആത്മാനമേവത്മവാസൂനും എന്ത് തന്നെ അവരനുഭവിച്ചില്ല അവരുടെ തന്നെ ആത്മാവായിരിക്കുന്ന കൃഷ്ണരൂപത്തിലിരിക്കുന്ന ആ ചൈതന്യം തന്നെയാണ് ഇപ്പോ പുത്രരൂപത്തിൽ അവരുടെ മടിയിലിരിക്കുന്നത് അതുകൊണ്ടവർക്ക് നേരത്തെ മനസ്സിന് ശരീരത്തോടായിരുന്നു ആകർഷണമെങ്കിൽ ഇപ്പൊ അവരുടെ മനസ്സിന് ആ കുട്ടിയിലുള്ള ആത്മാവിനോടൊരു ഒരു എന്താണ് ആകർഷണം വന്നു എന്ന് പറയാണ് അവർക്ക് പോലും അറിയുന്നില്ല ഇതെന്താ സംഭവിക്കുന്നതെന്ന് നേരത്തെ വെറുതെ ആലിംഗനം ചെയ്താൽ മതിയുള്ളൂ ആലിംഗനം ചെയ്താൽ ഉമ്മ വയ്ക്കണം മടിയിൽ കുട്ടി പോകുന്നത് ഇഷ്ടമല്ല അങ്ങനെ തന്നെയൊക്കെ പിടിച്ചിരിക്കുക അവർ ഒരു അമിതമായ ഒരു ആകർഷണം അവരുടെ ഉള്ളിലുണ്ടായതാണ് നേരത്തെ കുട്ടികളോടുള്ള ആകർഷണം മനസ്സിന് ശരീരത്തോട് തോന്നുന്ന ആകർഷണമാണ് എന്തേ എന്ന ബോധം ഇവിടെ മനസ്സിന് ആ കുട്ടിയിലിരിക്കുന്ന ആത്മാവിനോട് തോന്നുന്ന ഒരാകർഷണം അവരെ വളരെയധികം പ്രീതി അങ്ങനെ ഗോപന്മാരും ഗോപിയമാരും പശുക്കളും പശുക്കുട്ടികളും സന്തോഷം കൊണ്ട് മതിമറന്ന കാലമായിരുന്നു അത് ഒരു വർഷക്കാലം എന്തിനേറെ ഒരു വർഷം കഴിഞ്ഞിട്ടേ ബലരാമൻ പോലും ത്വാമഗ്രജോപി ബഹുതിയെക്കിലെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ബലരാമസ്വാമിക്ക് പോലും മനസ്സിലായത് ഇവരൊന്നും ഗോപന്മാരല്ല പശുക്കുട്ടികളല്ല അതെന്താ കാരണം ഒരു ദിവസം ഒരു ഗോപിയയ്ക്ക് ദേഷ്യം വന്നത്രേ ഗോപനോട് എന്തോ വികൃതിയാണ് ചിലപ്പോ അടിക്കാൻ വേണ്ടി കയ്യൂങ്ങിയതും ആ ഗോപനൊന്ന് ചിരിച്ചുവതാണ് ചിരിച്ചതോടുകൂടി അമ്മയുടെ കയ്യിൽ വടി മുന്നുപോയി എന്നിട്ട് പിന്നെ ആ കുഞ്ഞിനെ കുട്ടിയെടുത്ത് ആലിംഗനം ചെയ്ത് ആ കുട്ടിക്ക് ഉമ്മ കൊടുക്കുകയാണ് അപ്പം ബലരാമസ്വാമിക്ക് മനസ്സിലായതിനെന്തോ മിക്സിംഗ് ചെയ്തില്ല കാരണം ദേഷ്യം വന്ന ഗോപിയെ പെട്ടെന്ന് സ്നേഹം കാണിക്കണമെങ്കിൽ ഇതിലെന്തോ അപകടം ഉണ്ടെന്ന് അപ്പൊ ജ്ഞാനദൃഷ്ടി കൊണ്ട് നോക്കിയപ്പോഴാണ് കാണുന്നത് ഇതൊന്നും ഗോപനല്ല എല്ലാം കൃഷ്ണരൂപം തന്നെയാണ് അത് കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കിയാൽ എല്ലാ കൃഷ്ണ ഇതെല്ലാം കംപ്ലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കിയിരിക്കണം കള്ളനോട്ട് ഇറക്കുന്ന കാലമുള്ളൂ ഇപ്പം ഇതെന്താ ഇങ്ങനെ ഇറക്കിയിരിക്കുന്നത് ഉടനെ ഭഗവാൻ പറഞ്ഞു മെണ്ടരുത് ജേഷ വർത്തമാനം ഇതൊന്നും പറയുന്നത് ഒറിജിനലൊക്കെ ബ്രഹ്മാവിന്റെ കസ്റ്റഡിയിലാണ് ഞാൻ എന്നെ തന്നെ ഇറക്കിയിരിക്കുകയാണ് ഒരു വർഷം ഇതറിഞ്ഞപ്പോ വളരെ സന്തോഷമായി ഭഗവാൻ ബലരാമസ്വാമിക്കും എന്താ ഇവരുടെ ഒരു ഭാഗ്യം നോക്കൂ ഒരു വർഷക്കാലം സ്വന്തം മക്കൾക്ക് പകരം സാക്ഷാത് ഭഗവാനെ തന്നെ പുത്രരൂപത്തിൽ വർഷാവധോ നവപുരാതന വത്സവാലാൻ ദൃഷ്ടാവിവേകമസനേ ദ്രഹിണേ വിമോഢേ പ്രാതീദ പ്രതിവാൻമകുടാ ഊഷാം ചതുർഭുജയുജ സജലാം വർഷായധു വർഷം കഴിയാണ് എന്തിനാണ് ഒരു വർഷം കാത്തിരുന്നത് അത് ടൈം ഫാക്ടർ എന്ന് പറയുന്നതിന് നമ്മുടെ ഒരു വർഷം ബ്രഹ്മാവിന്റെ ഒരു ദിവസമാണ് അദ്ദേഹം രാത്രി കിടന്ന് പിറ്റേ ദിവസം ഉറങ്ങുമ്പോഴേക്കും നമ്മുടെ ഒരു വർഷം കഴിഞ്ഞിരിക്കും നല്ല ഏർപ്പാടാണത് അങ്ങനെ ബ്രഹ്മാവിന്റെ അടുത്ത് നിങ്ങൾ പോയി നാല് ദിവസം താമസിച്ചുകൊണ്ട് വരുമ്പോഴേക്കും ബാംഗ്ലൂർ സിറ്റി മാറിയിട്ടുണ്ടാവും ആകെ മാറിയിട്ടുണ്ടാവും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ദേവത പറയുന്ന ഒരു രാജാവ് ബ്രഹ്മാവിനെ കാണാൻ പോവും മകളെ കെട്ടിച്ചു കൊടുക്കാൻ ഒരാളെ കിട്ടാൻ അപ്പൊ ബ്രഹ്മാവ് പറയും വെരി ബിസി വിത്ത് ഷെഡ്യൂൾ സോ ഐ കാൺ ടോക്ക് ടു യു എന്ന് പറഞ്ഞു താമസിക്കാൻ പറഞ്ഞു താമസം കഴിഞ്ഞിട്ട് ബ്രഹ്മാവിനോട് ഒരു സ്വന്തം പറഞ്ഞു അല്ല എന്റെ മകളുടെ കാര്യം ഒന്നും പറഞ്ഞില്ല ബ്രഹ്മാവ് തലയിൽ കൈവച്ചു എല്ലാം കഴിഞ്ഞു കൽപ്പമൊന്നു കഴിഞ്ഞു നീ അടുത്ത കൽപ്പാവട്ടെ വെയിറ്റ് ചെയ്തു അങ്ങനെ അടുത്ത കൽപ്പത്തിലുള്ള രേവതന്റെ മകളെയാണ് രേവതിയാണ് പിന്നീട് ബലരാമസ്വാമി കല്യാണം കഴിച്ചത് ശരിക്കും ഏജ് നോക്കുകയാണെങ്കിൽ മുത്തശ്ശിയുടെ മുത്തശ്ശിയുടെ മുത്തശ്ശിയുടെ മുത്തശ്ശിയായിരിക്കും ആര് ബലരാമസ്വാമിയുടെ ഭാര്യയെ നമുക്ക് കഥയൊക്കെ കേട്ട് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല മുത്തശ്ശിയുടെ മുത്തശ്ശിയുടെ മുത്തശ്ശിയുടെ കല്യാണം കഴിക്കുന്ന ആലോചിച്ച് നോക്കും നിങ്ങള് പല്ലും ഉണ്ടാവില്ല തല ഉണ്ടാവില്ല പക്ഷെ അവിടെ പോയതിന്റെ ഒരു പ്രത്യേകതയാണിത് അമേരിക്കയിൽ പോയി ആള് തിരിച്ചു വരുമ്പോഴേക്കും വെളുത്ത തലമുടിയുള്ളവര് പോയാൽ തിരിച്ച് വരുമ്പോൾ കറുത്ത മുടിയേ ഉള്ളി അത് വേറെ കാര്യം സാധാരണ പിടിക്കുന്നപ്പാടിന്നാണ് ഇതുപോലെ ഇവിടെ ഒരു വർഷം കഴിഞ്ഞതും ബ്രഹ്മാവണീറ്റ് നോക്കുന്ന സമയത്ത് കൺഫ്യൂഷനായി എന്താണത് ഇവിടെ പുതിയതും പഴയതും കാണണം അരേ ഒരേപോലെ രണ്ടു കൂട്ടർ എങ്ങനെ ടിൻസാണെന്ന് വിചാരിച്ചു അവിടെയും ഒളിപ്പിച്ചു വെച്ചതുകൊണ്ട് ഇവിടെ കൃഷ്ണന്റെ കൂടെയുണ്ട് ഇതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചത് ഇതിലെന്തോ അപകടമുണ്ട് കണ്ണൊക്കെ നന്നായി കഴുകി താഴേക്ക് നോക്കുമ്പോ കാണുന്നത് ചതുർഭുജയുജ ഓരോ ഗോവനിലും ഓരോ പശുക്കുട്ടിയിലും ശങ്കചക്ര കഥാരൂപത്തോടുകൂടിയ ഭഗവാന്റെ അതിമനോഹരമായ രൂപം കണ്ടതും പിന്നെ ബ്രഹ്മാവിന്റെ ശരീരം വരയ്ക്കാൻ തുടങ്ങി ഉത്തായ ഉത്തായ കയ്യും കാലമൊക്കെ വരയ്ക്കാൻ തുടങ്ങി അവിടുന്ന് വേഗം ഭഗവാന്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ടോ പ്രത്യേകമേവലാളിതാങ്കാൻ ഭോഗീന്ദ്രഭോനാഭിരാമൻ ലീലാദിയോഗിതോഭവർ പ്രത്യേക പ്രത്യേക പ്രത്യേക പ്രത്യേകം ഓരോരുത്തരെ ഓരോരുത്തരെയും നോക്കിയ സമയത്ത് ഓരോരുത്തരുടെ ഉള്ളിലും കാണുന്നത് ലക്ഷ്മിദേവിയാൽ പരിചരിക്കപ്പെടുന്ന അനന്തശായിരം കിടക്കുന്ന ആദിനാരായണ രൂപത്തെയും അവിടെയാണെങ്കിലോ സനകാതി യോഗികളാൽ സേവിക്കപ്പെടുന്ന ഭഗവാനെയും കണ്ടപ്പോ അതിശയം കൊണ്ട് രോമാഞ്ചം കൊണ്ട് കൈകൂപ്പി തൊഴുതു ആ ഗോപന്മാരെയും മറ്റും എന്നിട്ടോ നാരായണാകൃതിമസംഗതമം നിരീക്ഷ്യ സർവത്ര സേവകമവി സമവേക്ഷതാ മായ നിമഗ്നഹൃദയോ വിമുമോഹയാവൽ അങ്ങനെ ഓരോ രൂപത്തിലേക്ക് നോക്കുന്ന സമയത്തും അതാ അവയിലെല്ലാം തന്നെപ്പോലും അവരുടെ സേവകനായി നിൽക്കുന്ന രൂപം കണ്ടപ്പോ ആകെ മായാമോഹ പരമശനായിട്ട് മായാടിമഗ്നഹൃദയോ അങ്ങനെ നിൽക്കുന്ന സമയത്ത് താഴോട്ട് വീണ്ടും നോക്കിയ സമയത്ത് കാണുന്നത് കാണുന്നത് കവളാർദ്ധവാണി പകുതി ചോറുരുളയുമായി നിൽക്കുന്ന യശോദാപുത്രനായ ഒന്നുമറിയാത്ത ഭാവത്തിൽ നിൽക്കുന്ന കൃഷ്ണനെ കണ്ടുവതാണ് എല്ലാം കൂടി കണ്ടതും ഇദ്ദേഹത്തിന് ലേശം എന്റലാവുണ്ടോ തോന്നി ആകെ ഒരു മാനസിക വിഭ്രാന്തിക്ക് എന്തായി കാണുന്നത് ഈശ്വര എല്ലാം കൊണ്ടും അത്ഭുത പരതന്ത്രനായിക്കൊണ്ട് അദ്ദേഹം അങ്ങോട്ട് വരികയാണ് തന്റെ മതം അടങ്ങി എന്ന് വച്ചാൽ ബ്രഹ്മാവിന് വിനയം വന്നു ബ്രഹ്മാവിന് മനസ്സിലായി എന്റെ ബുദ്ധിക്കും എന്റെ മനസ്സിനും എന്റെ കഴിവിനും അതീതമായൊരു ശക്തി അത് തന്നെയാണ് ശക്തി അതിനോട് മത്സരിക്കാൻ എനിക്ക് സാധ്യല്ല ഇത് മനസ്സിലായതും വിനയം വന്നുകൊണ്ട് ഭഗവാന്റെ അടുത്ത് എത്തിക്കൊണ്ട് തത്വാദൂതപതി ആ ബ്രഹ്മാവ് ഭഗവാനെ നമസ്കരിച്ച് സ്തുതിച്ചുകൊണ്ട് ഭഗവാനെ അത്യന്തം പ്രീതനാക്കി ഭഗവാനിൽ നിന്ന് അനുഗ്രഹവും വാങ്ങിച്ചുകൊണ്ട് താൻ മറച്ച കുട്ടികളെയൊക്കെ പ്രകടമാക്കി ഭഗവാൻ സൃഷ്ടിച്ചവരൊക്കെ ഭഗവാനിലേക്ക് വിനയനം പ്രാപിച്ചുകൊണ്ട് അവിടെ നിന്ന് ബ്രഹ്മാവ് പോയി അപ്രകാരം ഗുരുവായപ്പ അനുഗ്രഹിച്ച ഗുരുവായപ്പ എന്നെ എല്ലാ രോഗത്തിൽ നിന്നും മുക്തമാക്കേണമേന്ന് ഇതാണ് ഭഗവാന്റെ വത്സസ്ഥേയമെന്ന ലീല ബ്രഹ്മാവ് പശുക്കുട്ടികളെയും ഗോപക്കുട്ടികളെയും മറച്ചുകൊണ്ട് ഭഗവാൻ തന്നെ പശുക്കുട്ടിയും ഭഗവാൻ തന്നെ ഗോപക്കുട്ടികളും ആയിത്തീർന്ന ലീല ഉപനിഷത്തിന്റെ ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ എല്ലാം ഭഗവാനിലിരിക്കുന്നു എല്ലാറ്റിലും ഭഗവാനിരിക്കുന്നു നേരത്തെ അമ്മയ്ക്ക് വിശ്വരൂപം കാണിച്ചു കൊടുക്കുമ്പോൾ അമ്മയെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാം ഇരിക്കുന്നത് എന്നിലാണ് ഇത് ഏതുപോലെയാണ് സ്വർണം ആഭരണത്തിനോട് പറയുന്നത് പോലെയാണ് ഏ ആഭരണങ്ങളെ നിങ്ങളിരിക്കുന്നത് എന്നിലാണ് പൂക്കൾ നൂലിനോട് നൂല് പൂക്കളോട് പറയുന്നത് പോലെയാണ് പൂക്കളിനോട് പറയുന്ന നൂല് ഏ പൂക്കളെ നിങ്ങളിരിക്കുന്നത് എന്നിലാണ് നൂല് വസ്ത്രത്തോട് പറയുന്ന ഏ വസ്ത്രങ്ങളെ നിങ്ങളിരിക്കുന്നത് എന്നിലാണ് സൂക്ഷ്മമായ ചൈതന്യത്തിലാണ് സ്ഥൂലമായ പ്രപഞ്ചം സ്ഥിതി ചെയ്യുന്നതെന്ന സൂക്ഷ്മ സത്യം അത് ഭഗവാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു ഇനി മറ്റൊന്ന് ബ്രഹ്മാവിന് കാണിച്ചു കൊടുക്കുന്നത് ഈ സ്ഥൂലമായ പ്രപഞ്ചം മുഴുവൻ വ്യാപരിച്ചിരിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നാം വെള്ളത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കടലിലും വെള്ളമാണ് കിണറ്റിലും വെള്ളമാണ് ആകാശത്തിൽ കാർമേകത്തിലും വെള്ളമാണ് ഭൂമിക്കടിയിലും വെള്ളമാണ് അല്ലേ ഒരേ വെള്ളം തന്നെയാണ് പല രൂപത്തിൽ പല രുചിയിൽ നിൽക്കുന്നത് വെള്ളമൊന്നാണ് പക്ഷെ അതിന്റെ രുചി വ്യത്യാസമുണ്ട് കടലിലാകുമ്പോൾ ഉപ്പുവെള്ളമായി കിണറ്റിലാവുമ്പോൾ അത്ര എന്താണ് ഉപ്പുണ്ടാവില്ല പിന്നെ പല സ്ഥലത്തും പലതരത്തിലുള്ള വെള്ളം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും പിന്നെ വേറെ ചില വെള്ളങ്ങളുണ്ടല്ലോ മനുഷ്യനിർമ്മിതമായ വെള്ളം നോക്കൂ അപ്പൊ പ്രകൃതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ കാണാം ഒരേ സാധനം തന്നെ വിവിധ രൂപത്തിൽ നിൽക്കുന്നത് നിങ്ങളൊരു തെങ്ങിൻ ചുവട്ടില് രണ്ടു ഗുണം ഉപ്പുവെള്ളം ഒഴിച്ചാലും ആ തെങ്ങിന്റെ തലയിൽ നിന്ന് കിട്ടുന്ന വെള്ളം ഉപ്പുള്ളതല്ല ഇളനീര് മധുരമുള്ള വെള്ളമാണ് തരുന്നത് ഉപ്പുവെള്ളമാണ് കിട്ടുന്നത് മധുരമുള്ള വെള്ളമാണ് വെള്ളം ഒരുപോലെയാണെങ്കിലും അതിന്റെ രുചിക്ക് വ്യത്യാസമുണ്ട് ഇതുപോലെ നമ്മളെല്ലാം സ്വഭാവം കൊണ്ടും രൂപം കൊണ്ടും വ്യത്യസ്തരാണെങ്കിലും നമ്മളിലെല്ലാം നിറഞ്ഞിരിക്കുന്ന ചൈതന്യം ഒന്ന് ആ സ്ഥലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരേ ഈശ്വരന്റെ വ്യത്യസ്ത പ്രതിരൂപങ്ങളാണ് നമ്മൾ ഒരേ നൂലുകൊണ്ട് അനവധി വസ്ത്രമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നൂലെന്ത് പറയും വസ്ത്രങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ നിറം വ്യത്യാസമുണ്ടെങ്കിലും നിങ്ങളുടെ ആകൃതി വ്യത്യാസമുണ്ടെങ്കിലും നിങ്ങളിലിരിക്കുന്ന നൂലൊന്നാണ് ഇതുപോലെ നമ്മളിലൊക്കെ സ്വഭാവം കൊണ്ട് നമ്മൾ വ്യത്യസ്തരാണ് അറിവുകൊണ്ട് വ്യത്യസ്തരാണ് രൂപം കൊണ്ട് വ്യത്യസ്തരാണ് പക്ഷേ നമ്മളെല്ലാം ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം കൊണ്ട് നമ്മളെല്ലാം ഒന്ന് തന്നെയാണ് ഇത് തന്നെയാണ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മളെല്ലാം ഒരേ കൃഷ്ണരൂപങ്ങൾ തന്നെയാണ് ഇന്ന് നമുക്കത് ബോധ്യമില്ല എന്ന് മാത്രം ഇന്ന് നമുക്ക് ചാത്തനായിട്ടും കുട്ടിച്ചാത്തനായിട്ടും തോന്നുന്നു അത്ര കാരണം നമ്മുടെ സ്വഭാവം നമ്മൾ അങ്ങനെ കാണുന്നത് ഏ ഞാനത്ര നന്നല്ല നിങ്ങളോട് പറയാനാണ് നിങ്ങൾ സാക്ഷാത്കൃഷ്ണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ ബ്ലഫ് പഠിക്കാണ്ടിരിക്കുമെന്ന് നിങ്ങൾ വേറെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം നിങ്ങളൊരു ദുഷ്ടനാണ് ഓ തോന്നിട്ട് കാരണം അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും പണ്ടൊരു ശിഷ്യൻ ശിഷ്യന്മാർക്ക് ഗുരു ഉപദേശിച്ചു കൊടുത്ത പോലെയാണ് പറഞ്ഞോ തത്വ മസീദ് ശിഷ്യന്മാർക്ക് രണ്ടുപേർക്ക് ഉപദേശിച്ചു അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം അഹം ബ്രഹ്മാസ്മി ഇരുന്ന് ധ്യാനിക്കാൻ പറഞ്ഞു തത്വമസി അഹം ബ്രഹ്മാസ്മി തത്വമസി അഹം ബ്രഹ്മാസ്മി ഗുരു ടൂറ് പോയി രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഭയങ്കര അടി ശിഷ്യന്മാരെ എന്റെ പേര് ചോദിച്ചെന്താണെന്ന് അപ്പൊ ഒരു ശിഷ്യൻ പറഞ്ഞു അവനെന്നെ കഴുതാന്ന് വിളിച്ചുകൊണ്ടു അപ്പൊ മറ്റവൻ പറഞ്ഞു അവനെന്നെ അതിലും മോശപ്പെട്ട ഒരു മൃഗത്തിന്റെ പേര് പറഞ്ഞു പതിന്റെ ദേഷ്യത്തിലാണ് അടിക്കുന്നത് അപ്പൊ ഉടനെ ഗുരു പറയാണ് അത്വ മസി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു വികാരവും തോന്നിയില്ല എന്നാൽ മൃഗങ്ങളുടെ പേര് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ദേഷ്യവും കോപവും വന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ എത്തിയിട്ടുണ്ട് കാര്യം ഇതുപോലെയാണ് നമ്മളോട് പറയുന്നത് നമുക്ക് ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ് ഉള്ളിലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം എന്റെ സ്വഭാവത്തിന് ഭഗവാൻ വരില്ലയാണ് കാരണം ഇത്രയും കാലം വന്നിട്ടില്ല ഇനി വരും തോന്നുന്നുണ്ടോന്ന് വയസ്സായി സ്വാമി ഇതുവരെ വന്നിട്ടില്ലയാണ് ഇനി അമ്പത്താറാമത്തെ വയസ്സിലുണ്ട് ഭഗവാൻ വരുന്നു കാരണം അത്ര ഉറപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഭഗവാനിൽ നമ്മൾ വളരെ അകലെയാണ് അപ്പം ഈ തരത്തിലുള്ള ചിന്തകൾ മാറാൻ വിവേകം കൊണ്ട് ചിന്തിക്കണം നമ്മൾ ലളിതമായി നമ്മുടെ തലത്തിൽ തന്നെ ചിന്തിക്കും നിങ്ങൾ ശ്വസിക്കുന്ന വായു അതൊന്നാണെങ്കിൽ ആ വായുവിനെ ഉള്ളിലേക്ക് എത്തിക്കുന്ന ചൈതന്യവും ഒന്ന് പിന്നെ ഇങ്ങനെ വ്യത്യസ്തരാവുക ഇത് നിങ്ങൾക്ക് മനസ്സിലായാൽ നാം മറ്റൊരാളെ നമ്മുടെ ശക്തിക്ക് വേണ്ടി ആശ്രയിക്കേണ്ടതുണ്ടോ മനസ്സിലായി നിങ്ങക്ക് നിങ്ങളും മറ്റുള്ളവരും ശ്വസിക്കുന്ന വായു എല്ലാവരും ശ്വസിക്കുന്ന വായു ഒന്നല്ലേ അല്ല സ്വാമി ഞാൻ കാർബൺ മോണോക്സൈഡ് ആശ്വസിക്കുന്നത് ഉണ്ടോ അങ്ങനെ ഒരിക്കലും വരില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിൽക്കുന്ന മെന്റലാണെന്നർത്ഥം എല്ലാവരും ശ്വസിക്കുന്ന വായു ഒന്നാണെങ്കിൽ ആ വായുവിനെ ഉള്ളിലേക്ക് എത്തിക്കുന്ന ശക്തിയും ഒന്നാണ് എവിടെ കൺഫ്യൂഷൻ ഉണ്ടത് അപ്പൊ പിന്നെ നമ്മുടെ സുഖത്തിനും നമ്മുടെ ശക്തിക്കും നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കേണ്ടതുണ്ടോ ഉണ്ടോ പക്ഷെ നമുക്കിന്ന് തോന്നുന്നില്ലല്ലോ കാരണം നമ്മൾ ഉള്ളിലുള്ള ശക്തി ഒന്നാണെന്ന് ഉറപ്പിച്ചിട്ടില്ല നമ്മളിപ്പോഴും ഉറപ്പിച്ചിരിക്കുന്നത് അയാൾ വേറെ ഞാൻ വേറെ ഇങ്ങനെ ഉറപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എന്റെ നിലനിൽപ്പിന് എനിക്ക് ഒരാളെ ആവശ്യമുണ്ട് ഞാനൊരു ക്രീപ്പറാണ് അങ്ങോട്ടൊരു കുറ്റിയാണ് അപ്പൊ ഞാനൊരു പയറുവള്ളിയാണെങ്കിൽ എന്നെ നിലനിർത്താനൊരു ഒരു കുറ്റിയുടെ ആവശ്യമുണ്ട് ഒരു പോളിന്റെ ആവശ്യമുണ്ട് അല്ലേ ഒരു എന്തേലും പറയാം ഒരു വടി സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട് ആരാ നിങ്ങളെ ക്രീപ്പറാക്കിയത് ആരാ നിങ്ങളെ ക്രീപ്പറാക്കണത് നിങ്ങൾ തന്നെ കുറെ കാലം കൊണ്ട് നിങ്ങളെ ക്രീപ്പറാക്കി വെച്ചു അപ്പൊ നിങ്ങൾക്കൊരു സപ്പോർട്ടിനൊരു വടി വേണം വടിയാവുന്നത് വരെ അതുകൊണ്ട് വളരെയധികം ചിന്തിക്കൂ നമ്മളാരും തളരേണ്ടവരല്ല നമ്മളാരും മറ്റൊരാളെയും ആശ്രയിക്കണം അങ്ങനെ ആശ്രയിക്കാതിരിക്കണമെങ്കിൽ ആരെ ആശ്രയിക്കണം ആ സത്യത്തെ ആശ്രയിക്കണം അത്രയും കാലം നമുക്ക് ആശ്രയിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് ഭഗവാൻ പറയും മത്ത പരതരം മൈ സർവമിതം പ്രോധം സൂത്രേ മണികണായിവ മത്ത പരതരം നാന്യൽ ഇത് മലയാളത്തിൽ വായിച്ച അപകടാണ് മത്തപ്പരതരം നാന്യൽ മത്തനേക്കാളും നല്ല ഒരു സാധനം മനസ്സിലായില്ലേ മത്ത പരതരം മത്തനേക്കാളും നല്ലൊരു വെജിറ്റബിൾ വേറെ ഇല്ല സൂത്രേ മണികണായിവ ഇതാണ് ജീ തടിയുടെ സൂത്രം ഇങ്ങനെ അർഥടുക്കാം പണ്ട് ഒരാൾ പറഞ്ഞ പോലെ അയാൾ വ്യാഖ്യാനിക്കാണ് കർമ്മണ്യേവാധികാരസ്ഥ കർമ്മണ്യേ തിക്കാരസ്ഥേ ധിക്കാരം ചെയ്തിട്ടും ധിക്കാരപൂർവം കർമ്മം ചെയ്യണം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം മനസ്സിലായില്ലേ അപ്പൊ മത്ത പരതരം ന അന്യൻ പറഞ്ഞാൽ എന്നില്ലെന്ന് പരതരം ന അന്യൻ മറ്റൊന്നും അന്യമായി ഇല്ല ഏതുപോലെ സൂത്രേ മണികണായിവ ഒരു നൂലിൽ കോർത്തിരിക്കുന്ന മണികളെ പോലെയാണ് അതായത് സ്വർണ്ണ നൂലിൽ കോർത്ത സ്വർണ്ണമണികൾ ആ സ്വർണ്ണമണികളെ നിലനിർത്തുന്നത് സ്വർണ്ണ നൂലാണ് സ്വർണ്ണ നൂല് സ്വർണ്ണമണികളെ നോക്കിക്കൊണ്ട് എന്ത് പറയും നിങ്ങളുടെ ആശ്രയം ഞാനാണ് നമ്മൾ ഈ മാന നോക്കുമണ്ടല്ലോ നിങ്ങൾ പൂക്കളെ കാണുള്ളൂ ആരെ കാണില്ല നൂല് കാണ അപ്പൊ നിങ്ങളൊന്ന് പൂക്കൾക്കിടയിലൂടെ നോക്കേണ്ടതുണ്ട് ഇതുപോലെ നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ നോക്കുമ്പോ നമ്മളിൽ ഒരിക്കലും ആരെ കാണില്ല ഈശ്വരനെ കാണില്ലേ അത് നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഉള്ളിലൂടെ നോക്കേണ്ടത് ഉള്ളിലൂടെ നമ്മൾ ടോർച്ചടിച്ച് നോക്കുക നല്ല അർത്ഥം ബുദ്ധിപരമായി ചിന്തിച്ചുകൊണ്ട് നാം തിരിച്ചറിയേണ്ടതുണ്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ എല്ലാവരിലും വാസ്തവത്തിൽ ഒരേ ഈശ്വരനാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണേ നാം ആരെയും ആശ്രയിക്കേണ്ടതും ആരെയും നിന്ദിക്കേണ്ടതും ഇല്ല നമ്മുടെ നാവിനെ വളരെ ശ്രദ്ധിക്കണം നമ്മള് ഒരാളെയും നിന്ദിക്കാനും ആരെയനുവദിക്കരുത് നാവിനെ അനുവദിക്കരുത് ഒരാളെയും ആശ്രയിക്കാനും നാവിനെ അനുവദിക്കരുത് ആശ്രയിക്കപ്പോഴാണ് നിങ്ങൾക്ക് വയ്യ വയ്യ വയ്യ വയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റൊരാളെ ആശ്രയിക്കും അതുപോലെ നിങ്ങൾ പറയുകയാണ് മറ്റുള്ളവരൊന്നും ശരിയില്ല മറ്റുള്ളവരും ശരിയില്ല മറ്റുള്ളവർ ശരിയില്ലാത്ത പോലെ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ നമ്മുടെ അപ്രോച്ചിലാണ് നിങ്ങൾ നല്ല രീതിയിൽ നോക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ തുടങ്ങും നിങ്ങൾ ചീത്ത രീതിയിൽ നോക്കാൻ തുടങ്ങിയാലോ ചീത്ത രീതിയിൽ നിങ്ങൾ അയാളെ ശരിയില്ല ശരിയില്ല അയാൾ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടാവും നേരെ മറച്ച് നിങ്ങൾ അയാൾ ശരിയുള്ള ആളാണ് ശരിയുള്ള ആളാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അയാളെ പറ്റിക്കുന്ന ആളാണെങ്കിൽ പോലും നിങ്ങളെ പറ്റിക്കില്ല എല്ലാ കള്ളന്മാരും എല്ലാരെയും പറ്റിക്കുന്നില്ല ഉണ്ടോ അങ്ങനെയുണ്ട് ആളുകൾ ഒരിക്കലും ഒരു സന്യാസി വരിക അദ്ദേഹത്തിന്റെ കഥ പറയുന്നു കൈലാസത്തിലേക്ക് പോവാണ് വലിയ കള്ളന്മാരി പിടികൂടി തപ്പി നോക്കിയപ്പോൾ ഒന്നുമില്ല അയാൾ ജീസസിനെ പോലെ കൈ ഒന്നുമില്ല എന്ന് കണ്ടപ്പോൾ ഇയാൾ ചോദിച്ചു ഈ കള്ളമാരി വെച്ചു നിങ്ങളെവിടുന്നാണ് വരുന്നത് ഞാൻ ഉത്തരകാശിന്ന് വരികയാണ് എങ്ങോട്ടാണ് പോകുന്നത് കൈലാസത്തിലേക്ക് പോവാണ് അപ്പൊ ഒന്നുമില്ലാതെ എങ്ങനെയാ പോണത് ഒരു വാരപ്പൻ കൂടുണ്ടല്ലോ ആര് പറഞ്ഞ ഒന്നുമില്ലയാണ് ഭക്ഷണം വല്ലതും കഴിച്ചോ രണ്ടു ദിവസമായി കഴിച്ചിട്ട് അപ്പോ ഒന്നും കഴിച്ചില്ലേ അപ്പൊ മറ്റേ കള്ളനോട് പറയാം നമ്മളൊരു വീട്ടിൽ നിന്ന് ചപ്പാത്തി കണ്ടിട്ടില്ലേ അത് ഇയാൾക്ക് കൊടുത്തു കൊള്ളൂ വീട്ടിൽ അടിച്ചു കൊടുത്ത സാധനം അത് കഴിക്കാനുള്ള യോഗ സന്യാസിക്കും അതാണ് അതാണ് ഭഗവാന്റെ എടുക്കുക കള്ളന്മാര് പോലും നമ്മളെ സഹായിക്കും എന്ന് പറയുന്നത് നമ്മുടെ അപ്രോച്ച് ശരിയാണെങ്കിൽ നേരെ നിങ്ങൾ കള്ളം നിങ്ങൾ അവിടെ തീർന്നിട്ടുണ്ടാവും അതാണ് നമുക്ക് ആ നെർവസ് ഡിസോർഡർ ആവേണ്ടത് നമ്മള് കുറെ കാലമായി ഉറപ്പിച്ചിട്ടുണ്ട് ചിലവരൊന്നും ശരിയില്ല ചിലവരൊക്കെ ശരിയാണെന്ന് അതങ്ങനെ സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു ഇനി ഇത്തരം ചിന്ത കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ആരും മോശക്കാരില്ല എല്ലാവരും നല്ലവരാണ് ഈവൻ കള്ളൻ പോലും നല്ലവനാണ് അതുകൊണ്ടാണ് ഉദ്ധവരോട് ലാസ്റ്റ് പറയുന്നത് പോയി സന്യാസിമാരെയും ബ്രാഹ്മണനെയും നമസ്കരിക്കാനല്ല പറയുന്നത് പോയി നമസ്കരിക്കാൻ പറയുന്ന തേനെ കള്ളനെ പോയി നമസ്കരിക്കൂ എന്നാണ് നോക്കൂ ഞങ്ങളുടെ വീട്ടിൽ കള്ളൻ വരുമ്പോ ഒന്ന് നിൽക്കൂ കള്ള ഒരു വാരപ്പം പറഞ്ഞിട്ടുണ്ട് കള്ളന്മാരെ പോലും നമസ്കരിക്കണം ഒരുപക്ഷെ അയാൾ ഉയർന്നു എന്ന് വരും കള്ളന്മാര് നേരെയുള്ള അങ്ങനെയാണ് പണ്ടൊരു ലോക്കൽ കള്ളൻ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നാണല്ലോ വീട്ടുകളിൽ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ടി വി മിക്സിംഗ് ഒക്കെ വന്നത് പണ്ട് കാലത്ത് കള്ളന്മാർ പറഞ്ഞ അവരുടെ മെയിൻ സാധനം നാളികേരാണ് അതേ ഉള്ളൂ കക്കാനായിട്ട് വില വിളിച്ചൊരു സാധനം അതേ ഉള്ളൂ ഒരു കള്ളൻ തെങ്ങിൽ കയറി കക്കാൻ വേണ്ടിയിട്ട് നാളികേരെങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു എങ്ങനെയോ വീട്ടുകാരെ അറിഞ്ഞോ ഭയങ്കര ശബ്ദമുണ്ടാക്കി അടുത്തുള്ള വീട്ടുകാരെ ഓടിക്കൂടിയപ്പോ ഇയാൾ വളരെ ബുദ്ധിമാനാണ് ഇയാൾ ഉടുത്ത വസ്ത്ര കാവ്യവേഷ ഇയാൾ എന്തെച്ചാൽ അവിടെ കുറച്ച് ഈ ചപ്പ് ചവറുകൾ കത്തിച്ചിരുന്നു അപ്പൊ അതിന്റെയൊക്കെ ചാരമുണ്ട് മേലൊക്കെ ആ വേർപ്പൊക്കെ കയ്യിലെടുത്ത് ചാരമൊക്കെ ഇങ്ങനെ തുടച്ച് ആകെ വസ്ത്രം മുറിച്ച് തെങ്ങിന്റെ ചുവട്ടിൽ ആളുകൾ വന്ന് പറഞ്ഞു ദേഹ സിദ്ധനാണെന്ന് ഒന്ന് സിദ്ധികൊണ്ട് വീണതാണ് കള്ളൻ സിദ്ധനായി മാറി ഇദ്ദേഹം കണ്ണ് തുറന്നതേയില്ല പിന്നെ കാണുന്ന കാഴ്ച ആപ്പ് മുന്തിരി ആളുകൾ നമസ്കരിക്കേണ്ട ഇയാളെ ധാരും ചെയ്യരുത് ഇന്ന് നിങ്ങൾ തെങ്ങിൽ കയറി വീട്ടുകാർ തൈപ്പൊടിക്കും കാരണം തെങ്ങിൽ ആളെ കിട്ടാത്ത കാലാണിത് എല്ലാവരും സോഫ്റ്റ്വെയറും എല്ലാവരും ഹാർഡ്വെയറായിട്ട് നടക്കുന്ന കാലമാണ് തെങ്ങിൽ കയറാൻ ആളില്ല അങ്ങനെങ്കിലും ദേഹം വീണോട്ട് ആൾക്കാരാ കള്ളനെങ്കിലും കട്ടിട്ട് മനസ്സിലായി അപ്പൊ അങ്ങനത്തെ ഒരു കാലം അപ്പൊ അദ്ദേഹം സിദ്ധനായി അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലിങ്ങനെ തോന്നിയത്രേ നോക്കൂ ഞാൻ ഇതുവരെ കഷ്ടിട്ടാ ജീവിച്ചത് ഇപ്പൊ മനസ്സിനെ കക്കാതെ ജീവിക്കാൻ പറ്റും ഒറ്റപ്പെടി ഇതാണ് നിന്ന് ഭസ്മഭൂശി അത് ഒറ്റക്കണ്ണ ഇയാൾ നോക്കുന്നുണ്ട് ഇയാൾ തിരിച്ചറിയുന്ന വല്ലവരും ഉണ്ടോ എന്ന് കരുതുകൊ അപകടം ഇങ്ങനെ അയാൾ ശ്രേഷ്ഠനായി മാറിയതാണ് അപ്പൊ ഇതെല്ലാം ഭഗവാന്റെ അത്ഭുതകരമായൊരു ലീല തന്നെയാണ് ജീവിതം ജീവിതം എന്ന് പറയുന്നത് ഭഗവാന്റെ അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തെ നമ്മൾ അനുഭവിക്കണമെങ്കിൽ കൂടുതൽ നമ്മൾ ആരോടെടുക്കണം ഭഗവാൻ അത് തന്നെയാണ് അതിന്റെ വഴി അങ്ങനെ നമ്മൾ നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഒരു രസമാണ് ഒരാളെ മാത്രമേ ആശ്രയിക്കേണ്ടതുള്ളൂ ആരെ ഭഗവാന്റെ അത് നമ്മുടെ ആത്മാവായിരിക്കുന്ന ഭഗവാൻ ഭാഗവതത്തിൽ വളരെ വ്യക്തമാണ് ആരാണ് കൃഷ്ണൻ എന്ന് ചോദിക്കുമ്പോൾ പറയാണ് കൃഷ്ണമേടം അവഹിത്വം ആത്മാ അഖിലാത്മനം കൃഷ്ണനെ എല്ലാവരുടെയും ആത്മാവാണ് ഗീതയിൽ പറയും അഹം ആത്മാ ഗുടാകേശ ഞാൻ ആത്മാവാണ് സർവഭൂതങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവരാണ് അല്ലേ സർവചാഹം ഹൃതിസന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമഹോഹനം വേദൈശ സർവൈരഹമേവേദ്യ വേദാന്തൃത്വേദ വിദേവചാഹം സർവസ്യ ഹൃദി ഞാൻ എവിടെയാണ് ഞാൻ ശ്രീകോവിലിരിക്കുന്നു എന്നല്ല പറയുന്നത് ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം ക്രമേണ ക്രമേണ അങ്ങനെ നമുക്ക് സർവചരാധരത്തിലും ആരെ കാണാൻ പറ്റണം ആ ഒരു അവസ്ഥയിൽ വേണം നമ്മൾ മരിച്ചു പോവാൻ അപ്പൊ നമ്മുടെ ആ വീക്ഷണം അങ്ങനെയിരിക്കണം ഞാൻ മരിക്കുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് എന്റെ കൂടെ ഭഗവാനുണ്ടെന്ന ബോധം ഉറപ്പിക്കും എന്നിട്ടേ ഞാനിവിടുന്ന് പോവുകയുള്ളൂ ശരീരം മണ്ണിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മനസ്സ് ഭഗവാന്റെ അടുത്ത് ഞാൻ എത്തിച്ചിരിക്കും അതാണ് മരണസമയത്ത് ചിന്ത പറയാണ് ഇതം ശരീരം ഭസ്മാന്തം ഈ ശരീരം ഭസ്മമാവും ക്രതോസ്മര ക്രതം സ്മര മനസ്സെ ചതിക്കരുത് നീ വേണ്ടാത്തതൊന്നും ചിന്തിക്കരുത് വേണ്ടാത്തത് ചിന്തിച്ചു കഴിഞ്ഞാൽ ജഡ് ഭരതന്റെ ഗതി വരും മാനിനെക്കുറിച്ച് ചിന്തിച്ച ഏതെങ്കിലും ജന്മങ്ങളാവും ഞാൻ ചെന്ന് വീഴുന്നത് അതുകൊണ്ട് നീ ആരെ സ്മരിക്കണം ഭഗവാനെ സ്മരിക്കണം അഗ്നി ഭഗവാനെ അവിടുന്ന് ഈ ശരീരം ഭസ്മമാക്കും അതുകൊണ്ട് അങ്ങനെനിക്കൊരു ഉപകാരം ചെയ്യണം അഗ്നി നയസുപതാരായി അസ്മാൻ ഈ മനസ്സിനെ അവിടുന്ന് അഗ്നി ഭഗവാനെ ഈശ്വരന്റെ സന്നിധിയിലേക്ക് തന്നെ വെളിച്ചം കാണിച്ച് നയിച്ചുകൊള്ളണം ഇതൊക്കെ ഉപനിഷത്തുകളിൽ പ്രാർത്ഥിക്കാൻ കാരണം നമ്മുടെ മനസ്സ് എവിടെ തന്നെ ചെന്ന് ചേരാൻ വേണ്ടിയിട്ടാണ് ഭഗവാനെ തന്നെ ചെന്നുചേരാൻ വേണ്ടിയിട്ട് ഇപ്രകാരം ഈ ലീല പറഞ്ഞ പ്രസമിച്ചു അടുത്തതാണ് വേണുകാസുര വധം അൻപത്തിമൂന്നാമത്തെ ദശകം ഭഗവാൻ ബലരാമസ്വാമിയുടെ കൂടെ ധീനുകൻ എന്ന് പറയുന്ന ഒരു കഴുതയുടെ രൂപത്തിൽ വന്ന അസുരനെ വധിക്കുകയാണ് അതിത്യബാലം ജഗതാം പതേത്വം ഉത്സവേന പ്രാവർത്തനാഗോ ഗണപാലനായ ഭഗവാൻ ബാലഭാവത്തിൽ നിന്നും കുറച്ചുകൂടി ഉയർന്നു പത്ത് വയസ്സേവരെയുള്ള പ്രായത്തിലേക്ക് ഉയർന്നു അങ്ങനെ ഇരിക്കുക ഒരിക്കൽ ഭഗവാൻ ഗോപന്മാരുടെ കൂടെ പശുക്കുട്ടികളെ മേക്കാൻ വേണ്ടിയിട്ട് വനം ഉപേറ്റിയ വനത്തിലേക്ക് പോയി അവിടെ വച്ച് ഭഗവാൻ പശുക്കളെ പരിപാലിച്ചുകൊണ്ട് കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴോ ഉപക്രമസ്യാനുഗുണൈവസേയം പ്രവൃത്തി ഗോത്രാപരിത്രാനകൃദേവതെന്നേവാരവദാ തൽ പറയണോ അല്ലയോ ഗുരുവായപ്പ അങ്ങയുടെ ഗോപരിപാലന രൂപം ഭഗവാൻ ഗോക്കളെ പരിപാലിക്കുന്ന രൂപം ഗോത്രത്തെ രക്ഷിക്കുന്ന ഈ രൂപം അങ്ങയുടെ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് ഭഗവാൻ അവതരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഭൂമിയുടെ ഭാരം തീർക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ഭൂമിയെ നിലനിൽക്കാൻ സഹായിക്കുന്ന ജീവജാലങ്ങളെയൊക്കെ സംരക്ഷിക്കുക എന്നാണ് അർത്ഥം ഭൂമിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായൊരു ജീവിയാണ് പശുക്കൾ അതുകൊണ്ട് ഭഗവാൻ ആദ്യം ഏറ്റെടുക്കുന്ന ജോലി ആരെയാണ് പശുക്കളെ നോക്കലാണ് ഇപ്രകാരം പശുക്കളെ രക്ഷിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് അവിടുന്ന് ചെയ്തിരിക്കുന്ന ഈ ലീല അത്ഭുതം തന്നെയാണത് ഈ ഒരു കോൺടസ്റ്റിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ഹിന്ദുമതത്തിന് ഒരു വലിയ വീഴ്ച പറ്റിയ ചില രംഗങ്ങളുണ്ട് അതിലൊന്നാണ് പൂജ എന്നുള്ള ശബ്ദം അർത്ഥം മാറിപ്പോയത് നമ്മൾ പൂജ എന്നുള്ളത് വളരെ വളരെ എന്നെ സംബന്ധിച്ച് വൃത്തികേടായ രീതിയിൽ മനസ്സിലാക്കി എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ കാണുള്ളൂ ക്ഷേത്രത്തിൽ പൂക്കളിടുന്നതല്ല അമ്പലത്തിൽ കൊണ്ട് വിഗ്രഹത്തിൽ പൂക്കളിടുന്ന പൂജ ദാറ്റ്സ് എ നോൺ സെൻസ് കാരണം നിങ്ങൾ ശാസ്ത്രത്തിൽ അങ്ങനെ പൂജ കാണില്ല എവിടെയും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കണോ നിങ്ങൾ പൂക്കൾ കൊണ്ടുവന്ന് എന്റെ വിഗ്രഹത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഗീതയിൽ നിങ്ങൾക്ക് ശ്ലോകം കാണിച്ചു തരാൻ പറ്റുമോ ഞാൻ വെല്ലുവിളിക്കാൻ സാധ്യയില്ല ഞങ്ങൾക്ക് അതെങ്ങനെയോ നമ്മുടെ ആളുകൾ ശാസ്ത്രം മനസ്സിലാക്കാതെ വഴിതിപ്പിച്ചതാണ് സമൂഹത്തെ ഭഗവാൻ പൂജ എന്നൊക്കെ പറയുന്നത് വളരെ ഉന്നതമായൊരർത്ഥത്തിലാണ് ജീവിതം കൊണ്ട് പൂജ ചെയ്തവനാണ് കൃഷ്ണൻ അദ്ദേഹം വിഗ്രഹാരാധനയ്ക്ക് തന്നെ ഇതിലായിരുന്നു പൂർണ്ണമായിട്ട് ഞാനങ്ങനെ നിഷേധിക്കല്ല അമ്പലത്തിൽ പോയിട്ടുണ്ട് കൃഷ്ണൻ പക്ഷേ തന്റെ വിഗ്രഹം വെച്ച് പൂജിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലേ അദ്ദേഹം ഉണ്ടോ അങ്ങനെയൊക്കെ പലരും തെറ്റിദ്ധരിച്ചതിനെ വ്യാഖ്യാനിച്ച് വഷളാക്കിക്കളക് അവിടെ പൂജ എന്നുള്ള ശബ്ദം മനസ്സിലാക്കും നമ്മൾ പൂജിക്കേണ്ടത് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് അഞ്ച് കാര്യങ്ങളെയാണ് പൂജിക്കേണ്ടത് അത് ശ്രദ്ധിക്കേണ്ടതാണ് പൂജ എന്നുള്ളത് വട്ട് ഈസ് പൂജ പൂജിക്കുക എന്നുള്ള ശബ്ദത്തിന് അർത്ഥം ബഹുമാനിക്കുക എന്നാണ് സ്വാമിമാരുടെയൊക്കെ മുന്നിൽ എഴുതാമല്ലേ പൂജനീയൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം പൂക്കളുണ്ടാവുന്നതാണ് അർത്ഥം വയസ്സായിട്ടുള്ളവരെയൊക്കെ നമ്മൾ എഴുതാറെന്താണ് പൂജനീയൻ പൂജനീയൻ മീൻസ് വളരെ ആദരണീയൻ ദ വൺ ഹൂ എന്താണ് ഡിസേർവ് റെസ്പെക്ട് അല്ലെ ആദരവ് അർഹിക്കുന്നവരെയാണ് പൂജനീയൻ എന്ന് പറയും അപ്പൊ നമ്മൾ പൂജിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ആദരിക്കുക ബഹുമാനിക്കുക സംരക്ഷിക്കുക ഇങ്ങനെയൊക്കെയാണ് അർത്ഥം പൂജിക്കുക അത് ഇവിടെ നമ്മൾ അഞ്ചെണ്ണത്തിനെയാണ് പൂജിക്കേണ്ടത് ഒന്നാമത് പൂജിക്കേണ്ടത് ഗോക്കളെയാണ് അതാണ് ഭഗവാൻ ആദ്യം തന്നെ തുടങ്ങുന്നത് പശുപാലനം ഇന്ന് നമുക്കതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ല കാരണം നമ്മൾ ഈ ഗോക്കളിൽ നിന്ന് അങ്ങേയറ്റം വിട്ടുപോയി പശുവിന്റെ ജീവിതമുണ്ടല്ലോ കംപ്ലീറ്റ്ലി സറണ്ടേർഡ് ലൈഫാണത് സാക്രിഫൈസാണത് ൂർണ്ണ പൂർണ്ണമായ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിച്ച ജീവിയാണ് ആര് പശു അതുകൊണ്ടാണ് ഗോരൂപം ഭൂമി ദേവി വരുമ്പോഴൊക്കെ ഏതൊരുപാട് എടുക്കുക ഗോരൂപമെടുക്കുന്നു എന്നുള്ളത് പുരാണങ്ങളിൽ കാണാൻ പറ്റുന്നു പശുവും ഭൂമിയും വളരെ ബന്ധപ്പെട്ട് കിടക്കണോ അതുകൊണ്ടാണ് ഭൂമി ഗോരൂപമെടുക്കുന്നത് അപ്പൊ ഭൂമിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ആരെ സംരക്ഷിക്കലാണ് ഗോക്കളെ സംരക്ഷിക്കലാണ് എന്താ ഗോക്കളെ സംരക്ഷിക്കുക പറഞ്ഞാല് ഈ ഭൂമിയുടെ നിലനിൽപ്പിന് വളരെ അവശ്യമായൊരു ജീവിയാണ് പശുക്കള് ഭൂമി നിലനിൽക്കുന്നത് ഭൂമിയുടെ ഫലഭൂഷ്ഠിത നിലനിൽക്കുന്നത് അതിനുള്ള എർത്ത് വേംസ് ലേ വേംസ് ഉള്ളതുകൊണ്ടാണ് പശുവിന്റെ ചാണകവും മൂത്രവും ഈ എർത്ത് വേംസിനെ വർദ്ധിപ്പിക്കും നശിപ്പിക്കില്ല വേംസ് ഉണ്ടെങ്കിൽ കൃഷിഭൂമി ഫലഭൂയിഷ്ടമാണ് അത് സംരക്ഷിതമായി തീരും അപ്പോ ഫലഭൂയിഷ്ടമായ മണ്ണിലെ ഫലഭൂയിഷ്ഠിത ഉള്ള ആഹാരാദികൾ ഉണ്ടാവുള്ളൂ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലം വളരെ ഫലഭൂയിഷ്ട മണ്ണാണെങ്കിൽ ആ കഴിക്കുന്ന ആഹാരത്തിനും ആരോഗ്യം അതൊരു മെഡിസിനാണ് ഞാൻ പറഞ്ഞു നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കെമിക്കൽ ഇട്ട് കഴിഞ്ഞാൽ അത് അതിന്റെ പ്രതിരോധ ശക്തിയെ നശിപ്പിക്കും അപ്പൊ പ്രതിരോധ ശക്തി ഇല്ലാത്ത ആഹാരമാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലും എന്തുണ്ടാവില്ല പ്രതിരോ അതുകൊണ്ടാണ് രോഗങ്ങൾ വേഗം വരുന്നത് ഈ പശുവിന്റെ മൂത്രവും ചാണകവും ഒക്കെ ആയിരുന്നു അല്ലെ അതുകൊണ്ട് ആഹാരം വളരെ പ്രതിരോധ ശക്തിയുള്ളതായിരുന്നു പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും അന്നുള്ളവർക്ക് ഉണ്ടായിരുന്നില്ല ഒരുവിധം രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവ് അന്നുള്ളവർക്കുണ്ടായിരുന്നു ഉണ്ടേ പ്രസവം ഒക്കെ അന്നൊരു ഇന്ന് പ്രസവം വലിയൊരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ അല്ലേ ചിന്തിക്കുന്നു പത്തും പതിനഞ്ചും പ്രസവിച്ചമ്മമാരില്ലേ എന്നൊന്ന് അവർക്ക് വളരെ നോർമൽ തിങ്ങാണ് പ്രസവം അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടുകാരിയോട് പറയാന്ന് ആ അടുപ്പിൽ വിറകുന്നു കൂട്ടു ഞാൻ അന്ന് വരാറ് എങ്ങോട്ടാണ് പ്രസവിച്ചിട്ട് വരാറുണ്ട് ഇന്ന് പറയാൻ എത്ര സ്ത്രീകൾക്ക് സാധിക്കുമത് ഇന്ന് കാലം മാറി അന്നുള്ളവർക്ക് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ലേ അവര് ഫിസിക്കലി സ്ട്രോങ് ആയിരുന്നു അവര് മെന്റലി സ്ട്രോങ് ആയിരുന്നു ഇന്ന് നമ്മൾ ഫിസിക്കലി വീക്കാണ് നെന്റിലേക്കും കഴിക്കുന്ന ആഹാരം പ്രതിരോധമില്ലാത്തതാണെങ്കിൽ അത് ശരീരത്തെ മാത്രമല്ല വീക്കാക്കുക അത് മനസ്സിനെയും വീക്കാക്കും നോക്കൂ എത്രത്തോളം ഗോക്കളെ പരിപാലിക്കുന്നതിൽ ഇനി രണ്ടാമത് പശുവിന്റെ മൂത്രത്തിന് ചാണകത്തിനും ഒരുവിധം അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് ഈ ഇന്ന് പുതിയൊരു എന്താണ് പഴയകാലത്തെ കൃഷി രീതിയാണ് ഇപ്പൊ രണ്ടാമത് വരുന്നുണ്ടത് ഓർഗാനിക് കൃഷി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രാസവളമിടാത്ത സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അവര് പെസ്റ്റ്സൈഡ് അടിക്കുന്നത് മിക്കവാറും ഗോമൂത്രമാണ് പെസ്റ്റസൈഡ് അടിക്കുക അപ്പൊ ഗോമൂത്രത്തിന്റെ ഒരുവിധം അണുക്കളെയൊക്കെ കൊല്ലാനളക്കുക എന്തിനേറെ മനുഷ്യ മനുഷ്യ ശരീരത്തിൽ പോലുള്ള അണുക്കളെ നശിപ്പിക്കാൻ ഗോമൂത്രത്തിന് കഴിവുണ്ടെന്ന് കണ്ടുപിടിച്ച രാജ്യമാണ് അവിടുത്തേത് നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു മാസം ഒരു ടീസ്പൂൺ ഗോമൂത്രം കഴിച്ചു നോക്കൂ വ്യത്യാസം കാണാം അത്ര പവർഫുള്ളാണത് ഗോമൂത്രത്തിന് അത്ര ശക്തിയുണ്ട് അറിയാം ഇന്നത് പല ആചാര്യന്മാരും പല ആശ്രമങ്ങളിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കേട്ടിട്ടും അറിയില്ല അത് ക്ലീൻ ചെയ്ത് പ്രൊസസ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അത് അത്രയും പവർഫുള്ളാണ് ഇത് മനസ്സിലാക്കിയ പൂർവികരായിരുന്നു ഭാരതീയര് അതുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തില് ഒരു അഭിഷേകത്തിന് ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട് എന്താണത് പഞ്ചഗവ്യം എന്താ അതിൽ ചേർത്തുന്നത് ഗോമൂത്രം ചേർത്തും അല്ലേ ചാണകം നെയ് തൈര് പാല് ഇങ്ങനെ അഞ്ച് സാധനങ്ങൾ ചേർത്തുണ്ടാക്കുന്നതാണ് പഞ്ചഗവ്യം ഇത് ഭഗവാന്റെ വിഗ്രഹത്തിൽ ഒഴിച്ച് നമ്മൾ തീർത്ഥമായി സേവിക്കുന്നു മെഡിസിൻ ആണത് സോ മെഡിസിൻ അല്ലാതെ വെറുതെ വിട്ടിത്ത കാണിച്ചതല്ല പൂർവിക അപ്പൊ നോക്കൂ പശുവിന്റെ മലവും മൂത്രവും അത് ശ്രേഷ്ഠ വസ്തുവാണ് അതുകൊണ്ടല്ലേ വിഗ്രഹത്തിൽ അതിനെ വയ്ക്കുന്നത് അത്രയും ശ്രേഷ്ഠ ഒരു ജീവിയാണ് അര് പശു ഇന്ന് പറയുന്നത് നമ്മുടെ തറയുണ്ടല്ലോ അത് ചാണകം എഴുതിയതാണെങ്കിൽ ചാണകം എഴുതിയ തറയാണെങ്കിൽ ക്യാൻസറിന്റെ സാധ്യത വളരെ കുറവാണത് വാദരോഗത്തിന്റെ സാധ്യത വളരെ കുറവാണ് കാരണം ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ ഈ ചാണകത്തിന് സാധിക്കുന്നതാണ് അതിനെക്കുറിച്ചുള്ള ഗവേഷണം ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ തലമുറകളിലേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമുണ്ടല്ലോ ഈ കോൺക്രീറ്റ് ഒക്കെ ഇതിലൂടെ വരുന്ന സൂര്യകിരണങ്ങൾ ഇതിനുള്ളിലൂടെയൊക്കെ സൂര്യകിരണം വരുന്നുണ്ടല്ലോ അത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് നമ്മളെ ബ്ലഡിൽ അനാവശ്യമായി രോഗാണുക്കളെ വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ സിമെന്റിലൂടെ വരുന്ന സൂര്യകിരണങ്ങൾ നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യല്ല ബ്ലഡിനെ കൂടുതലത് അണുബാധിതയാക്കി തീർക്കുക അതുകൊണ്ടാണെന്ന് നമുക്ക് കൂടുതൽ രോഗങ്ങൾ കൂടിക്കൂടി ഓട് ഓടിട്ടുകൊണ്ടുള്ള വീടുണ്ടല്ലോ വരവ് അതിലൂടെ വരുന്ന സൂര്യകിരണത്തിന് അത്ര ഇതൊക്കെ വളരെ അപകടപ്പെടിച്ച സാധനമാണ് ഗവേഷണങ്ങൾ പറയുന്നത് അപ്പോ ഇതൊക്കെ നോക്കുമ്പോണ്ടല്ലോ നമ്മുടെ ഏറ്റവും വലിയ ഹിന്ദുക്കളുടെ പൂജയാവേണ്ടിയിരുന്നു ഏത് ഗോക്കളെ സംരക്ഷിക്കൽ ഇന്ന് നമ്മൾ എവിടെ എത്തി നോക്കൂ ഇന്ന് ഏറ്റവും പാപം ചെയ്തൊരു ജീവിയാണ് ഗോക്കള് അല്ലെ പാല് വലിച്ചെടുത്ത് അവസാനം ഇനി പാല് കൊടുക്കാൻ വയ്യാന്ന് കണ്ടുകഴിഞ്ഞാൽ സ്വസ്ഥമായി മരിക്കാൻ പോലും അവർക്ക് യോഗ്യ കൊണ്ടുപോകുന്നത് അറവ് ശാലകളിലേക്കാണ് ജീവിതം മുഴുവൻ നരകമനുഭവിച്ച് അവസാനം മരണം പോലും സ്വസ്ഥമായി മരിക്കാൻ അനുവദിക്കാതെ നാം ജീവികൾ എന്നിട്ട് നമ്മൾ കൃഷ്ണന്റെ അമ്പലത്തിൽ പോയി തൊഴുത് കഴിഞ്ഞാൽ ഇറങ്ങി വന്നു കരണം തരില്ല ചിന്തിക്കും നിങ്ങൾ ശരിക്കും കൃഷ്ണൻ ജീവനോടുകൂടി ഇരിക്കുകയാണെങ്കിൽ ഹിന്ദുക്കൾക്ക് രണ്ടെണ്ണം തരും ഇപ്പൊ കഴുതെ വിടുന്നതുകൊണ്ട് തൊഴാ വന്നിരിക്കുന്നു വിഗ്രഹത്തിന്റെ മുന്നിൽ ഞാൻ ചെയ്തത് കടവും യതി ശ്രേഷ്ഠ പശുക്കളെ സംരക്ഷിച്ചുകൊണ്ട് ഞാൻ ലീല തുടങ്ങാൻ കാരണം പശുണ്ടെങ്കിൽ ഈ ഭൂമിക്ക് നിലനിൽക്കാം ഭൂമി ആരോഗ്യമുള്ളതായിരുന്നാലേ നമുക്ക് ആരോഗ്യമുള്ളൂ പരസ്പരം ഭാവയന്ത്രേയ പരമവാപ്യത പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സേവിക്കുന്നതാണ് പൂജ അല്ലാതെ വിഗ്രഹത്തെ ആരാധിക്കുന്നതാണ് പൂജ എന്ന് ഹിന്ദുക്കൾ വഴിതെറ്റിപ്പോയാണ് എന്നെ സംബന്ധിച്ച് വളരെ വഴിതെറ്റിപ്പോയി നമ്മൾ ഇത് പൂജിക്കാനുള്ളതല്ല ഉപാസിക്കാനുള്ളതാണ് വളരെ ശ്രദ്ധിക്കുന്ന പ്രയോഗങ്ങളൊക്കെ വിഗ്രഹം പൂജിക്കാനുള്ളതല്ല വിഗ്രഹം ആദ്യം പ്രകൃതിയെ പൂജിക്കൂ കാരണം ആദ്യം നിങ്ങൾക്ക് ശരീരമാദ്യം കലുധർമ്മ സാധനം നിങ്ങളുടെ മനസ്സിനെ ഉയർത്തണമെങ്കിൽ ആദ്യം നിങ്ങൾക്കൊരു ആരോഗ്യമുള്ളൊരു ശരീരം വേണം അതിന് താഴെ നിന്ന് തുടങ്ങൂ അതുകൊണ്ടാണ് കർമ്മയോഗം കഴിഞ്ഞിട്ടാണ് ഉപാസന വരുന്നത് മനസ്സിലായില്ലേ കർമ്മം ചെയ്യാതെന്ത് ഉപാസന കർമ്മം എന്ന് പറഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളെ നിലനിർത്തുന്ന ശക്തികളെ നാം നിലനിർത്തുന്നതിനെയാണ് നിലനിൽക്കാൻ സഹായിക്കുന്നതിനെയാണ് കർമ്മം എന്ന് പറയുന്നത് പരസ്പരം സ്നേഹം കൊടുക്കുക ചെടികൾ നമുക്ക് വേണ്ടി ഓക്സിജൻ തരുന്നു നാം അവരെ നിലനിർത്തുന്നു അപ്പൊ അവർക്കും നിലനിൽക്കാം നമുക്കും നിലനിൽക്കാം ഇതുപോലെ നമ്മൾ പാല് കുടിക്കുന്നുണ്ടെങ്കിൽ തൈര് കുടിക്കുന്നുണ്ടെങ്കിൽ ഓര് കുടിക്കുന്നുണ്ടെങ്കിൽ പശുക്കളെ നിലനിർത്തണം അല്ല സ്വാമി ഫ്ളാറ്റിലെ പശുവിനെ വളർത്താൻ പറ്റുമോ നാളെ മുതൽ ഞാൻ നിശ്ചയിക്കാൻ ഒരു കൃഷ്ണഭക്തനാണ് ഒരു പശുവിനെ മേടിച്ചേക്കാന്ന് പറ്റുമോ പറ്റില്ല ഇനി നമുക്ക് ആ സസ്തത്തിലേക്ക് പോവാൻ പ്രയാസം ഈവൻ ഗ്രാമങ്ങളിൽ പോലും പശു സുസ്റ്റം നിന്ന് നമുക്ക് വേണ്ടി ആരോ പാൽ അതും അവരെ അവര് പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ബ്രഹത്തെ സ്നേഹിച്ചുകൊണ്ടല്ല നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല ഈവൻ പാല് കിട്ടാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ വരെയുണ്ട് അത് കുത്തിവെച്ചാൽ കൂടുതൽ പാല് വരും പക്ഷെ ഒരു കുഴപ്പമേ ഉള്ളൂ പതിനഞ്ച് വർഷം ജീവിക്കേണ്ട പശു എട്ട് വർഷം ജീവിക്കുന്നു എല്ലും ഒക്കെ തിരിപ്പിച്ചു പോവത് അങ്ങനെ ക്രൂരത കാണിച്ച് അങ്ങനെ മൃഗീയത കാണിച്ച് ഇനി അതിലും ഒരു വേദനാത്മകമുണ്ട് പശു പ്രസവിക്കുന്നത് മോരിക്കുട്ടിയാണെങ്കിൽ പശുക്കുട്ടിയോ അല്ലെങ്കിൽ മറ്റേ രണ്ടു കുട്ടികളെന്നേ അതിനെ ആ പശുവിന്റെ മുന്നിൽ വെച്ച് തന്നെ കൊടുക്കും കാരണം അത് നിലനിന്നാലെ അപകട കൃഷിക്ക് പശു വേണ്ട ഇപ്പം കന്നുവേണ്ട ട്രാക്ടറായി കഴിഞ്ഞില്ലേ ഇങ്ങനെയൊരു മൃഗീയമായ സംസ്കാരമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് നമ്മൾ കൃഷ്ണ വിഗ്രഹത്തെ പൂജിക്കുന്നതിൽ ഞാൻ അർത്ഥം കാണുന്നില്ല എന്നെ സംബന്ധിച്ച് അതൊരു വെഡിത്തമാണ് സത്താഹത്തിൽ നിങ്ങൾ വിഗ്രഹം വെച്ചോളൂ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അത് ചേരുന്നത് സത്യം ഞാൻ എന്നെ സംബന്ധിച്ച് വളരെ തുറന്ന് പറയാനുണ്ട് അങ്ങനെയുള്ളൊരു വിഗ്രഹാരാധന കൊണ്ട് കാര്യമില്ല അവിടെ പൂക്കൾ ഇട്ടതുകൊണ്ട് നോക്കൂ നമ്മള് ഇരിക്കുന്ന കൊമ്പ് മുറിച്ചിട്ട് കൃഷ്ണാഹരേ ജയ എന്ന് പറഞ്ഞ രണ്ട് കാര്യമുണ്ട് വെഡിത്തമല്ലേ ഇത് മനസ്സിലാവണോ നിങ്ങൾക്ക് നമ്മുടെ സംസ്കാരം ചുതി സംഭവിച്ചു അപ്പൊ ആദ്യം ഇത് മനസ്സിലാക്കൂ പൂജിക്കേണ്ടത് ആദ്യം പശുക്കളെയാണ് അവരുടെ പാല് അതാണ് നമുക്കൊരു ആരോഗ്യം തരുന്നൊരു സാധനം അവരുടെ ചാണകവും മുത്രമിട്ട് ആ വളക്കൂറുള്ള മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ ആ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് പ്രതിരോധ ശക്തിയുള്ള ഒരു ശരീരം കിട്ടും ഒരുവിധം രോഗത്തിലൊന്നും നമ്മളെ നശിപ്പിക്കാൻ സാധ്യത ഇതൊക്കെ മാറിക്കഴിഞ്ഞു കോട്ടെ രണ്ടാമത്തെ പൂജയാണ് ഗോസേവ ഭൂസേവ എന്ന് പറയും അതാണ് ഭഗവാൻ കാണിച്ച ഭൂമിയെ പൂജിക്കുന്ന രണ്ട് കാര്യങ്ങൾ കാളിന്തി നദിയിലെ കാളി എന്റെ വിഷം അകറ്റില്ല പ്രകൃതി അത് വിഷാംശമുള്ളതായി തീർന്നാൽ ജീവജാലങ്ങൾക്കിവിടെ ജീവിക്കാൻ സാധ്യല്ല പ്രകൃതിയെ സംരക്ഷിക്കണം ഇതിനെ പോയിസൺ ആക്കരുത് ഈ ചപ്പും ചവറും ആളുകൾ വലിച്ചെറിയുന്നുണ്ടല്ലോ ഒരു ഭക്തന് ചേർന്ന പ്രവൃത്തിയല്ലത് ഒരു ഭക്തൻ ചെയ്യാൻ പാടില്ലാത്ത കാരണം പ്രകൃതിയെ നശിപ്പിക്കുന്നത് അത് ഈശ്വരനെ നിന്ദിക്കുന്നതിന് തുല്യമാണ് നമ്മളെ സമ്മച്ച് ഭൂമി ഉണ്ടല്ലോ ഒരു ഭക്തനെ സമ്മച്ച് ഭൂമി ഇറ്റ്സ് നോട്ട് എ സോയിൽ നമ്മൾ തൊട്ട് തലയിൽ വയ്ക്കുമ്പം മനസ്സിൽ വരേണ്ടതൊരു മന്ത്രമുണ്ട് വിഷ്ണുഭക്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ ഇത് വിഷ്ണുവിന്റെ ഭക്തിയാണ് അപ്പൊ ആ ഒരു ഭാവന ഒരു ഭക്തനുണ്ടാവണ്ട ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ട കടമ ആർക്കൊണ്ട് നമുക്കുണ്ട് അതുകൊണ്ടായിരിക്കാം ഭഗവാൻ കാളിന്തിയിലെ വിഷത്തെ എടുത്ത് മാറ്റിയത് മനസ്സിലാവുന്നുണ്ടല്ലോ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭക്തി പൂജ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് പൂക്കളിടുന്നതാവില്ല നിങ്ങളൊരു ചപ്പു ചവറ് പുറത്തേക്ക് എറിയുന്നത് പോലും നിങ്ങൾക്ക് മനസ്സിലാവും അത് ഭഗവൽയാണ് അതതിന്റെ പ്രോപ്പർ സ്ഥാനത്ത് വയ്ക്കുന്നതാണ് അതൊരു പൂജയാണത് അത് വലിയൊരു പൂജയായി മാറും നിങ്ങൾ പിന്നെ പ്രത്യേകിച്ച് പൂക്കളൊന്നും അറിയേണ്ട ആവശ്യമില്ല കാരണം ഇതൊക്കെ എഴുതി വെച്ചത് ഹിമാലയ സാലുക്കളിൽ വെച്ചിട്ടാണ് ഈ നാരായ നോക്കൂ നാരായണിയും മട്ടതിരിപ്പാട് എഴുതുമ്പണ്ടല്ലോ അതേ ഒരു പൂജയും ചെയ്തില്ല ഉണ്ടോ ഉണ്ടോ ശ്രീശുഖം ബ്രഹ്മശ്രി പരീക്ഷത്തിന്റെ പറഞ്ഞു കൊടുക്കുമ്പോ വിഗ്രഹവും വിളക്കുമില്ല ഉണ്ടോ ഒന്നുമില്ല ഇതൊക്കെ പിന്നീട് പിന്നീട് വന്നതാണ് ഈ സംസ്കാരം ഇപ്പൊ രണ്ടാമത്തതാണ് ഭൂസേവ ഭൂമിയെ സേവിക്കുക